ഈ മോനെ പ്രവർത്തപ്പെട്ട പദ്ധതി ഉണ്ടല്ലോ താല അമ്മാവന്റെ അന്നാഹുല വാങ്ങിയിട്ടുണ്ട് എന്തിലെ അമ്പുസനെയും അമ്മാനെയും അന്ന വിലക്കത്ത് എന്ന് പറയുമ്പോൾ അല്ലെ അന്ന വില എന്ന് പറയുമ്പോ മുത്തലി അന്നയും വായി ആരുമായി മൂവനികളുമായല്ലോ അപ്പൊ പിന്നെ തിരിഞ്ഞോക്കുന്നുണ്ടോന്നായിരിക്കും അപ്പൊ നെക്സ്റ്റേക്ക് തിരിഞ്ഞോട്ട് ഇല്ല അപ്പൊ മാങ്കൻ ആ ബന്ധം ഒരു സാധനം പിറ്റിന് ശേഷം ഓൺലൈൻ ശേഷം ഈ മമിന്റെ വായനരിക്കാം അപ്പൊ മുസ്തരി എന്താക്കണം മുസ്തിരി ഡിപ്പാർട്ട്മെന്റിന് നൽകി പോകും ഇനി ഞമ്മൾ തിരിഞ്ഞുണ്ടെന്ന് പറയും ിയോടൊപ്പം കൂടി തദീറുമില്ല മുസ്തരി എങ്ങോട്ടാ കൊണ്ടപ്പോന്ന് തത്ബീറായിട്ടെ വേണ്ട അനിസ്മോ പിന്നെ മാലിക് ഒറിജിനൽ മാലിക്കാരായ മുസ്തരി മാലിക്കായിരുന്നു ഇതിനോടൊപ്പം െ വെളിപ്പെടുത്താൻ വേണ്ടിയിൽ കറാമത്തി കറാമത്തിനെ വെളിവാക്കാനും പൂർത്തിയാക്കി തരാനും ആയതി ആയത്തിന്റെ തിയാക്ക വന്നിട്ടുള്ളത് നമ്മുടെ അംബുസഹും ഓറഹത്തിനെയും ഓറ അമ്മാലിനെയും അമ്മാവത്താല് വലത്തു വാങ്ങിയോ ഇങ്ങോട്ട് ചേർത്ത് വിട്ടു ഇതിന്റെ മാലിക്കാരായി അമ്മാവത്താലും അപ്പൊ ഇതിലാ റഹ്മത്തേമത്തറാമി സയ്യദി അബുദു ഒരു സയ്യദ് അബുദിനെ ഇക്റാമാക്കലിനേക്കാണ് വലിയ ഞാമത്തെന്താ വേണ്ടത് ابلغ النبي معارض يثبت له في وجوده بوجوده يظهر ليثبت له عملنا ذاك الاسم الله الاحد اعوذ بك ان في وجودي او عند وجوده انا دي وجودي الله عند وجوده بيوحي الله عند وجوده بيوحي انا ابدي كده وجود انتنا باينه انتوا عند وجود انت عند مال انت عند اموال انت بيلكو الله اكبر ി ഈ അഗുദാണെങ്കിൽ തൊട്ടും അവനിക്ക് മോജൂദായ സാധനമുണ്ടല്ലോ അതിനെ തൊട്ടും അത് മിൽക്കിനെ തൊട്ടല്ല വളരെ ദൂരത്താണ് ബഹ്കരിക്കപ്പെട്ടവനാണ് പാനപ്രശ്നം അത് എങ്ങനെയാണ് ഇക്രമമാക്കുന്നത് വി തരീഖ് വഹമ്മത്തി വൽക്കറാതിരെ ലീക്കിൽ കൂടി ിൽ കഹരിവൽക്കും കഹർ കുമത്തിന്റെ ഭാഗത്തിൽ കൂടെ ആണ് പണ്ട നീക്കൊന്നുമില്ല അങ്ങനെ തൊട്ടുപിടിച്ചിട്ടല്ലേ ഉള്ളി അങ്ങനല്ലോ വരം മാക്കാനത്ത് ജന്നത്ത്ഫ് അല്ല സാധാരണ തോട്ടങ്ങൾ അതായപ്പോൾ മുസ്തമ്മിനന്നല ബാസാസീന അവളന്നുണ്ടാകും ജന്നത്തമ വിധീ തോട്ടമല്ലേ മുസ്താനുകളുണ്ടാകും പുഴകളുണ്ട് റൊയോലി ഉറവു ജലങ്ങളുണ്ട് കുസുവോ ചില മാളികളുണ്ട് റൂറുണ്ട് ഇങ്ങനെയൊക്കെയാണേത് ജന്നത്തു ദഹാനിഫ് സാധാരണ തോട്ടങ്ങൾ ആ തോട്ടത്തിലുള്ള വസ്തുക്കളുടങ്ങൾ നേരെ തസ്ബി ഹാക് ആസിൽപ്പെട്ടല്ലേ ഇവിടെ തസ്ബി ഹാക്കിയോഫിയോക്കി ഹാ ജുൽ സാധാരണ ഭൂമിയിൽ കാണാൻ തോട്ടത്തിനോട് എന്തിനാൽ എന്നിട്ട് അതിൽ പറഞ്ഞ നല്ല ഘടകങ്ങളും എവിടിയും പറഞ്ഞു നമുക്ക് എന്തുണ്ടാക്കും അല്ല അറുവാൻ പോയിട്ടാണ് അറുവാഹിൻ ഉല്ലാസം കൊള്ളേണ്ടത് അസറാർ അൻവാറിന്റെ അസറാറോമ കൊറേ അലത്തിലുള്ളതായി അൻവാർ ആലോമ കുറച്ച് പുറമെയായി അതിൽ قلنا بدي جندان بدي فشفرو سكن بلون دلنا وجعلوا فيها صوفيا قل جنة المعارف اكيد انها للعلوم اكوه علوم علم قلال دا اغريال اكيد قلال عيون الحكم حكمت انت عيلي قل حضرت انت قصور ما ريقل ان حور صدن المعرفاء معرفة انت سكين الحوري അതിനെപ്പറന്നാ ബിഹാർ എന്നാ ബഹായിരുന്ന ബഹായിരുന്ന മുമ്പ് ശേഷം പറയുന്നുണ്ട് അല്ല നോക്കും അല്ലെങ്കിൽ ബിഹാർ ജമാൽ ജമാൽ ഒന്ന് തന്നെ റജാദ് എന്ന് പറഞ്ഞാൽ ഹൗഫം റജാവും അതിന്റെ മുക്കാബിലെന്താ പറയും ഹഷിയത്ത് പറയും ഹൗഫിന്റെ മുഖാബിലൊരു പടിക ഹഷിയായി കുറച്ചും എന്താകും കമത് വസ് പറയും ബൗബിന്റെ മകനും കമത് മറ്റേ വസ്തു ജലാലി ജമാൽ എന്ന് പറയും അപ്പം വസ്തു ജമാലും എന്നത് രണ്ടും അർത്ഥമാണ് വസ്തു താരപടി ജമാലി മേലെ പൊടി പിന്നെ സ്വഭാഖിയിൽ അഹബാലി തുറത്തി മക്കാമത്തിൽ നിന്ന അഹബാലുകള പഴങ്ങളെ പൊറിക്കൽ അതാണ് പഴങ്ങളെ പെപ്പുറത്തിൽ കുറച്ച് മക്കാലമാർ ഒരു പതിയിൽ നിന്ന് ഓരോ ഓരോ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന മക്കാമാർ അതിലേക്കുള്ള തോക്കും അതായത് പറഞ്ഞു നാലിം നാലിം റബിയല്ലാന്ന് പതി ഉണ്ടാക്കിയാൽ പറഞ്ഞു മായത്തുമ്പിൽ ബസാദീനി ബന്ധപ്പെട്ട റിയോലിന് എല്ലാം പറഞ്ഞു കഴിഞ്ഞു എവിടെ അറുപത്തൊമ്പതാമത്തെ പേജ് മുതൽ നോക്ക് പതിത്തിരുന്നൊമ്പത് മുതൽ നോക്ക് حبا فايما مر بها ما سابا وابصرني اذا لو لفياها ذل ييلب من وا نضحل صا بن رؤيا هذه تطور حيث رل انهارا بن يو نا انهار اين كنتم ها وستم من و وحا و ايها نام الله واسله पुष्प الرب وقال النبي برجاء حيرانًا وقد يتونت قال متفادئ قال كان داريكما قد بنوا بيت فقال ما هلن صاحب الجناتي جنات ورنو ني حالي فقيل هل لا كنت ذا بستاني റബ്ബുള്ള പറഞ്ഞൊന്നതു ബതാതീനി അൻഹാല റയൽ മുദലല്ല എല്ലാം പെഞ്ഞു നാല് പദത്തിൽ കേറി. ഇനി വാക്യത്തിൽ ബതാതീഹി സിമാരി അതൊക്കെ തമ്മിക്കിടണ്ട വണങ്ങലൊക്കെ. ദ വതക്കല്ലമ അലാ മാ ബഖിയ മിനൽ ഖുസൂരി ബൽ ബിഹാ ഖുസൂർ ബിഹാ മാ ബതി ബർദില്ല. അതെ പറയാൻ പോകുന്ന പക്തവനാ. വഖീല ലൈസത് ഹാദിഹിൽ മാകാതിറു. മഹ് മല്ലിക്കുന്നീ കാതിദിം മാ കാതിരി. വഖീല ലൈസത് هادي الباحائيو نيها إذن ملا فملا حائيو وقيدا أنجان دي ورود وراء فتر لأيشت هادي هفاكير نيسة واندل دلال هفاكير نيسة واندل دلال هفاكير نيسة واندل هذه قصورو نيها رأي بغيان بغي اي قصور قال اللي مقصر قصور قال اللا مهبان اتكاريفة جامتن نصرم اللا اللا قائدن مديك اٹن نا قائدن دلالو അവന്നും ആശ്രദിച്ചാൽ അർഹതയില്ലാത്ത പറ്റിയ കുസൂറുകളല്ല മണികളല്ല അവിടെ ഉള്ളത് ഹാൽ എവിടെയല്ല മഹായിരകളല്ല വെടിവിളച്ചു പോയ ഹായ് എന്നുള്ളതല്ല എന്നിട്ട് ഒന്നല്ല ഹായുണ്ടോ ഹായുമായി വെടിമിഴച്ചിട്ട് ഹായുമായി അരഞ്ഞിടക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ളതല്ലാതെ പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞാൽ ജമാണേത് മഹാസിർ എന്ന് പറഞ്ഞാൽ നാലു ഭാഗത്ത് ചുറ്റിക്കിടക്കുന്ന വിശാലമായ കെട്ടിടത്തിനെന്താ പറയും നഖസൂറത്ത് പറഞ്ഞാൽ എന്താ ബഹീറത്തിന്റെ ജമാൽ എന്ന് പറഞ്ഞാല് قططاتنا هذا اللي باطلنا لك أنا عليك يقول رضي الله أنه ليس السكنة به قصور الحنرة حنرة إنه معلقة لتعم سكناً لا والإقامة فيه والإقامة فيه دار المعرفة معرفة إنه معلقة لتعم سكناً لا حاس لنه آه، أبداً السُّكْنَانا ريماً أبداً حاسر الله إليه ست اسمه لا، أبداً السُّكْنَانا آه فارحمه فارحمه لِكُلِّ قَائِدٍ بَطَّانٍ لَهُ لَعِلَىٰ أَيْنِي وَقِيلَ اللَّهِ سَتَّهَا دِهِ الْمَا كَافِرُهُمْ عَوَىٰ لِكُلِّ قَائِدٍ وَا قَافِرٍ أنوى جهد كنه؟ فان لكل مقصر انصراني كلهم الله وليس يتفقهون من وحايل المضم جمال المضم جماله وحايل منه اندلا افقه الله لمن كان في حيض من من نعلام حيض ظل الله طال الله حيض نور حيض اذا من كان في حيض من لا انه ولاد يتفعل الله حال ما قام في طرفه رام بذلك الحال ابي هذه கொண்டு पूर्ति படுத்திட்டு وعند آخرين تنك رجعينيون وعندما نال آهل الجذب الذي في هذه الآخرين قلت له وفي سحبة الأفراد السالكين على من هذه الحق والسلام وفي ذلك قيل أحل ننص من الله لا يحويه مطال ولا يهوذه في الحق الحالم ولا يهوذه في الهالم التالون ിൽഹൌലി മൊഹത്താലൂനം അന്നാഹിക്കൊണ്ടുണ്ടാവും നിങ്ങളതിനെ ഒരുമിച്ച് കൂട്ടൂല ബപ്പാൽ എന്ന് പറഞ്ഞാൽ സ്ത്രീയനായിട്ടും അടിയനായിട്ട് ഒത്തിരിയ്ക്കുന്ന ആള് വലായഹൂ അവനെ ശേഖരിക്കൂല പിൻഹാനി ഒരിക്കലും മഹത്താലും കൗച്ചലക്കാരൻ അതാണ് വലയിസ യുതിരിക്കുഹു ഗിൽഹൌൽ നിന്റെ ഹൗലങ്ങും പൊട്ടുകൊണ്ടെന്നും മഹത്താലങ്ങൾ കിട്ടൂല എന്ന് പറഞ്ഞു والان يسون رجالهم كلهم نجبون وكلهم صفوة لله امانوا الله ने कंट्रोल करीन आदम كلهم और अल्लाह ने नजबून और बलिया नेता कमारा नेजी बोले मोदी मान मारे अल्लाह कहीं नहीं भरिले वक्उनहुम और अल्लाह वजुम सफवतुन अल्लाह प्रत्येकम आए चयन करता चयनडिकपटा विभागमा أمار لله إن الله تعالى تولي برتيك ما يعمل سيدنا بالمعان ولا يمكن السكنا في قصور المعارفين معرفة إن قصور للتعمسكر سويد الفرولا واتفقه من بحائر الأدواق أدواق إن دواعره لإن الله فعلما سدكل من الله إلا بإفراد الوجهة للباهد الخلاق مهد الخلاق معي الله لكل بجهة نتعرفك للعدي ركت ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടത് അത് പറഞ്ഞില്ല ആ തൊന്നിലേക്കൊന്നും നോട്ടില്ല അപ്പം അഭിജിതത്തിനെ തനിപ്പിക്കില്ലെന്ന് പറഞ്ഞാൽ എന്താ വാഹിദ പല പൂതികളും പല ഹമ്മകളും ഈ ലോകത്തുണ്ടാകും എല്ലാം നോട്ടിട്ട് ഒറ്റ ഹമ്മി പതിക്കുക ടാ മക്കളെ നിർത്തിയതാണ് ഇവന്റെ മനസ്സിലുള്ള പല അമ്മകൾ ഉണ്ടാവും കിട്ടാൻ കുതിക്കുന്ന പലതും പലതും അതെല്ലാം ഹമ്മും വാഹിതാക്കി ചുരുക്കണം ഒറ്റ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം എന്നാൽ അള്ളാഹു താലാവിന്റെ മതിയാളിയും അമ്മിനെ അത് അഹു നോക്കുന്നു അപ്പോട്ടെ ജനത്തിൽ കൂട്ടണെന്നും ജന്മത്തിൽ എന്താക്കും അവന്റെ സ്വർഗമാക്കി മാറ്റുകയും ചെയ്യും ഒപ്പിച്ചത് നമുക്കാണ് കാപ്പി وَقِيلَ لِجُلَيْدٍ رَضِيَ اللَّهُ عَنْهُ: كَيْفَ التَّمَيُّلُ إِلَى لِقَاءِ إِلَٰهِ اللَّهِ؟ أَلَّانَكَؤُلَ مُرْضِي بِاللَّهِ كُلَّ سَبِيلٌ ثُمَّ قَالَ: يُرْضَى بِالتَّوْبَةِ تُزِيلُ الْإِسْرَارَ وَخَافٍ يُزِيلُ التَّصْوِيرَ وَرَجَاءٌ يَبْعَثُ عَلَى مَسَالِكِ لَمَنْ وَيَالَةُ النَّفْسِ بِكُرْبِهَا مِنَ الْأَجَلِ وَمُعِدُّهَا مِنَ الْعَمَلِ النَّوَافِذِ وَمَنْ قُرَّ التَّوْبَةُ എങ്ങനെ തോമയാകണം ദോഷങ്ങളുടെ മേലുള്ള ഇസ്രാറിനെ തുടച്ചു നീക്കി കളയുന്ന തരത്തിലുള്ള തോപവാണോ അപ്പോ സെക്കൻഡ് പോലും ഇസ്രാർറ്റൂല ദോഷത്തൊന്നും നിലത്തിലുണ്ടല്ലോ രണ്ട് ഹൌഫ്ലീഫ ഏതൊരു കാര്യവും പിന്നെയാവട്ടെ പിന്നെയാവട്ടെ എന്നതിനെ തുടച്ചു തരത്തിലുള്ള ഹൗഫ് ഉണ്ടാവണം മസാലിക്കില്ല അമലിന്റെ എല്ലാ മസലക്കിന്റെ പേരിലും അമിനെ പ്രേരിപ്പിക്കുന്ന റജ ആകണം അമിലെ പലയിനങ്ങളും ാക്കണം പുറബി അത് അടുപ്പിക്കൽ കൊണ്ട് പിന്നെ അതിലെത്തി അടുപ്പിക്കൽ കൊണ്ട് നെർസിന് ഹാനെത്താക്കണം പുറബിഹൽ നേരെണ്ണം കൊതിയുണ്ട് അത്യാഗ്രഹം അതിനകത്തു അകറ്റുകയും വേണം ഈ അഞ്ചു കാര്യം കൂടിയാലും എങ്കിത്താകുട്ടു ഈ ലോ പിന്നെ ചോദിക്കപ്പെട്ടോ വിമയത ഈ പറയപ്പെട്ടതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുക ഈ അഞ്ചുകാരി നടക്കണ്ടേ قالت قلب مُفردن فيه توهيد مجرد إنمارم مُفرداء يقلب الله من المعطر ماتر ماتر قفر لدى قلب دابنا هذا مجرداء توهيد منون أما أصلاب إليكو اللي اتفادنم اتفادنم بجول هذا مجرداء توهيد ويجوم أصلاب أن يكون أول موضع تنين توهيدنا دخو أنه مواصر اللي يجعلنا وصلاب إلتفادنم േഖ തുറിയാ പറയുന്നു അല്ല ഈ കാര്യം കിട്ടാൻ എന്താ മാർഗം നേരത്തെ പറയപ്പെട്ട അഞ്ചു കാര്യം കിട്ടാൻ ഇതല്ലേ വേണ്ടത് ആ കാര്യം കിട്ടാൻ എന്താണ് ഷേഖർമോ തുറന്നുള്ള എന്ന് പറഞ്ഞു വഹാദൻ നമ്മളുടെ ആ തമീരയില ഈ പറയപ്പെട്ട കാര്യം കിട്ടലിലേക്ക് മാർഗമില്ല തിവല്ല താഴെ കേണ അപേക്ഷിക്കല്ല വേറെ അറിവില്ലെന്ന് ആരോടെ നിമം വീതിയിൽ പുനർ തൽപാരമിത ഉള്ളത് പറഞ്ഞു അവന്റെ കീഴാണ് ഉമ്മൂരം മുഴുവനുമുള്ളത് ഉന്ന ഉസിക്കുറിയുള്ള അല്ല അന്നമാക്കദ്മാ് പറഞ്ഞെടുത്തോളം ഇമാറത്തിൽ കൊറേ ഇമാറത്ത് പറഞ്ഞില്ലേ എവിടെ നിന്ന് അങ്ങനെ എടുന്ന് ഒരു കൊമ്പിനോട് ചാക്കിട്ട് ഇടിയടിക്കണം മഴ പെയ്യണം മറ്റേ കാട്ടടിക്കണം എന്നിങ്ങനെ വേണ്ട കാലം ശരിയാണം പഴം പറിക്കണമെങ്കിൽ കൃഷിക്കാരം വരണം എന്നുള്ള പറഞ്ഞു തുടങ്ങിയില്ലേ ഇതെല്ലാം എന്താണ് ലൈസൻസ് മക്സൂദ് അതിൽ നിന്നുള്ള മക്സോദല്ല ബാഹിറ അതിന്റെ ബാഹിര ഇഭാറത്തല്ല ഉദ്ദേശം വൈദ്യമാഹു വിശാറത്തുനിന്നതുപോ വിശാറത്താണോ മജാകാം ഉദ്ദേശം നമ്മള കാലം പുല്ലുഹോ വിശാറത്തുനിന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അപ്പൊ കാലാ നൂപ്പറ് പറയുന്നു ഹാരിൽബാറത്തും പഹുളം ഈ അറിയണം മോനെ ഇബാറത്തി ഇഷാറത്തുൻ ഈ പറയപ്പെട്ട ഇബാറത്തിന്റെ കയ്യിൽ എന്തെങ്കിലും ഇഷാറത്താണുള്ളത് തഹത്ത പതഹ എന്റെ എത്തേണ്ടത് കേട്ടാ തഹത്ത ഹാരിബാറത്തി ഇഷാറത്തുൻ ഈ പറയപ്പെട്ട ഇമാറത്തിന്റെ കിഴിയിലെല്ലാം എന്നുണ്ട് ഇഷാറത്താണ് അതിന് നേരെ അനേ എല്ലാം ഉദ്ദേശിക്കുന്നത് മത്തനടിക്കുന്നു പറഞ്ഞില്ലേ വായ്യമായ ഇഷാറ എന്ത് നല്ലത് ഇഷാറത്താണെന്നറിയോ അപ്പൊത്തു എന്താ ബോമ നീങ്ങോ തോന്നോതമിന്ദിക്കരു പണ്ട് റാഗ് കൊണ്ടുണ്ട് ഇടിയിടിക്കരുത് ആ റഗഡ് കൊണ്ടുള്ള ഉദ്ദേശം അല്ല വൽത്തി വടറയ്യല്ലെന്നതുകൊണ്ട് ഉദ്ദേശവും അല്ല അപ്പൊ ഖഹീലല്ല കുത്താനി മരക്കുമ്പത്തുള്ള പുഷ്പങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശമല്ല വരുന്ന സീസൺ ശരിയാണെങ്കിൽ ചൂടുന്തല്ലോ അതുമല്ല മലാമിക്കലും നിലാനി വല്ല തീയതി മെഴലുകൾ എന്ന് പറഞ്ഞതല്ല അൻഹാൻ സാരിച്ച് സാരിച്ച് ഇത്രയും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കൊണ്ടിട്ടുണ്ട് ಇದಕ್ಕೊಂದು ಉದ್ದೇಶ ಎಲ್ಲ ಮಾಯ ಉಪಹಮum ಇಲ್ಲಾಹಿನ ಲಿಬರಹಾ ಇಬಾರತಿನ ಲಾಹಲ ತಿನ್ನಾಗಿ ಅಲ್ಲ ಉದ್ದೇಶಿಕನ್ನು ಸರಿಯಾದ ಉಪಮಲ್ಲ ಮೊಇನ್ನಮಾ ಗಾಲಿ ತಾಲೂಗಾತ್ ಹದದ ಲಗಾ ಖುದ್ಮತದ ಬರಿಯಲ್ಲ ಕೊಇಶಾತ್ ಒ ಫಂತಹತ ಹಾ ಕುನ್ನ ಇಬಾರತಿನ ಇಶಾರಾತುನ್ ದಖೀಕತುನ್ ಎಲ್ಲ ಇಬಾರತಿನ ತಹತಿನ ಉಂಡಂದ ದಖೀಕಾ ಇಶಾರಾತ್ ಲಮ್ ಅಯ್ಯಾ ಮಾ ಇಶಾರಾ ഇപ്പൊ മഹാനന്ദിക്കുൻ പെട്ടെന്ന് മനസ്സിൽ കേറാത്തായ മഹാനുകളൊന്നും അതിന് പറയുന്നത് കൊണ്ടുണ്ടാക്കിട്ടുണ്ട് തിഹല്ലി ഓരോന്നും പറയുമ്പോ ഉദ്ദേശം അതല്ല ഇതാണ് ഞാൻ നേരത്തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അബില്ലാ നടത്തുന്നു ദലീൽ സെറൈന്റെ ഭാഗത്തിൽ കൂടിയുള്ള കസോഫിന്റെ ദലീലാണെന്ന് ഈ പറയാൻ പോകുന്നു സെറൈൻറെ ദലീൽ القران مريتون دو عليه ديتون دو باوته اجماع الله اني فصوصن الاستانه راغه ورينو منجي هذي دليل الصرح صرحنده دليل الاستانه في قال يضرب ورينو ولنرجل الانى باقي الفارلي اذتي تمامي ثبوت الاصل ولنرجل الانى اني پهوندا مڑو پوټه മറങ്ങിപ്പോകട്ടെ ഈ ബാക്കി പത്ത് ഈ പത്തിന്റെ ബാക്കിയിലേക്ക് ഒന്നാമത്തെ പത്തനം ഇപ്പുണ്ടോ ഒന്നാമത്തെ പത്ത് എന്ത് പറയും ഇതിന്റെ അടിസ്ഥാനരേഖ ഈ ആരുണ്ടാക്കി നിനക്ക് ഇവിടുന്ന് കിട്ടി എന്തിനെ വീട്ടിൽ കൊണ്ട് എടുക്കുന്നു പറയുമ്പോൾ രണ്ട് നേരത്തിൽ ഒന്ന് കൗക്കു എന്നാൽ റോമിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഇന്നലെ എത്താൻ വേണ്ടിയിട്ടാണെന്നല്ല അതിന്റെ ആ ന്യായീകരണങ്ങളൊക്കെ പറയും ചെറൈന്റെ അടിസ്ഥാന രേഖ പറയും അതാണ് പറയുന്നത് ഇത് കാരണം ഈ തമാമീ ഈ ഫസ് പൂർത്തിയാവലാണുള്ളത് സമൂഹത്തിൽ അസിൽ തത്തവുപ്പിന്റെ അസില് ഇല്ല സുഹൃത്ത് ഈ ഫസിൽ പൂർത്തിയാകാറുണ്ടാവും ഇപ്പൊ തൊഴുകയും പോകും അത് മാത്രം പോകാൻ പോരാത്തു അൽ ഫോ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഫസിൽ അഞ്ച് ഫസുകളിൽ നിന്ന് ഒന്നാമത്തെ ഫസിന് മയപ്പു ഓതൽ അത് സ്ഥാപിക്കപ്പെട്ടതാണ് ഈ തൊക്കെ അസലി തത്തോത്തി തത്തവുപ്പിന്റെ അടിസ്ഥാന രേഖയെ സുഹൂർത്താക്കാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത് ഭാഗത്തിൽ കൂടി ബിജുഡാൻ എന്നുഭവ അടിസ്ഥാനത്തിൽ അവരെ അവസാനിക്കോടുകൂടി പറഞ്ഞിട്ടുണ്ടല്ലോ അത് പറഞ്ഞോ അത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു ബഹാദിൻ്റെ അടക്കങ്ങളാണ് അതിനെങ്ങനെ ജിഹാദി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തനിയൊക്കെ ആയി ചെറോയിന്റെ ഭാഗത്തിൽ കൂടി ഇനി സുബൂത്താക്കൽ ബാക്കി എടുക്കുന്നു അതും കൂടെ കൂറുമ്പോഴാണ് തമാ സമൂഹത്തിൽ അത്തനീ അതിൽ അസോഫിന്റെ അത്തിനി സുബൂത്താക്കു അതാണ് ഇത് പാഷാറയിലേ ചെറൈന്റെ തെലി പറയാ നേതാവ് അഹലുസുപ്പ സുപ്പത്തിന്റെ അഹലുകാറാകുന്നു സന്താകാലത്ത് സോഫി ജീവിച്ചാൽ അവരുടെ നേതൃത്വം വഹിക്കുന്ന ആരാണ് അഹലുസ്ഫത്താകുന്നു എപ്പോൾ സി ദമനിസോനി സ്വർണ്ണിമ കാലത്ത് അതുകൊണ്ട് അഹലുസ്ഫത്തിന് എന്താ വിശേഷണം പഴം അതമ്മയുടെ വസ്തു നീന്ന് കേട്ടോ അവര് അള്ളാഹുബിന്റെ ബിരുന്നുകാരാകുന്നു അഹലുസ്സഫത്ത് ഇസ്ലാം ഇസ്ലാമിന്റെയും വിരുന്നുകാരാ ജുലസാദ് തങ്ങളുടെ കൂടെ എപ്പോൾ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ആളാണ് അത് അവരാണ് സൂഫിയാക്കൻ ഏതാക്കൻ മാതൃകുന്ന ആയിരുന്നു അപ്പൊ ഹലുസുപ്പത്തെ എങ്ങനെ ജീവിച്ചോ അതാണ് ഇവടെ മാതൃക അപ്പൊ ഹലുസപ്പത്തെ അ രീതിയിലുണ്ടല്ലോ കുറാനിലോട്ട് അ രീതിയിലുണ്ട് അത് നോക്കി പിടിച്ചുപോയി പോയി അപ്പൊ ആ ഒരു സ്വപ്നം തമ്മിൽ അടി തുടങ്ങിയിട്ടില്ല അത് സോഫിയാക്കും തമ്മിൽ അടി തുടങ്ങൂല അടി തുടങ്ങിയാൽ സോഫിയല്ല എന്താണ് അത് കാകത്ത് സോഫിന്നല്ല കത്ത് എന്ന് പറഞ്ഞാൽ എന്താ വൻ പുതുപൊത്തു രണ്ടിന്റെ അർത്ഥം എന്താ ഇനി ആരെയാണോ പിന്തുണ മത അവർക്കാണ് കാലത്ത് എന്ന് പറയുന്നത് പുതുപൊത്ത് എന്നും പറയാം മൊത്തമായിട്ട് ആരെ മാതൃകയാണോന്ന് വിനസ് ചെയ്ത് അവർക്കും പറയാ കാലത്ത് അപ്പൊ അതേ മോഡൽ അതേ ശൈലി എന്ന് പറയുന്നത് അപ്പൊ അനൽസ്വപ്പത്താണ് നമ്മുടെ കാലത്ത് എന്ന് തോന്നുന്നു പറയുന്നോ മത പുതുവത്തോട്ട ജയിലി തറക്കില്ലാ അപ്പം സൂഫിയാ മത്തുബൂ താബിഹേ മസുബൂ എന്നതാ താബിഹ എന്ന് പറഞ്ഞാലും നടക്കുന്ന അനിയായി മത്തുബൂർ എന്ന് ആരെയാണോ തുടർന്ന് ആ നേതാവിനെയാണോ മത്തുപൂവെന്ന് പറയും ഇമാമോ മാമൂമോ എന്ന ആരാ താബിഹേ മാമു താബിയും ഇമാമും മത്തുബൂടും എന്ന് പറഞ്ഞാൽ മതി സൂഫിയാത്ത മത്തുബൂർ പുതുവത്തു അവരുടെ മാതൃകയും ഏത് വിഷയത്തിൽ ഈ തരീക്ക് തജരീദ് തജരീതിന്റെ വിഷയത്തിൽ തജരീദ് എന്തൊക്കെയാണോ വയ്യോറ് പറയും കൽബിനെ തജരീതാക്കലുണ്ട് ഇതിനൊന്ന് അമ്മാവുമല്ലാത്ത എല്ലാ ചിന്തരോടൊക്കെ കൽബിനാണ് കൽപ്പിന് ആവശ്യമില്ലാത്ത എല്ലാം കൂടെ വിവാക്കിന്റെ ആവശ്യമുള്ള മാത്രം കേസിൽ കൽബിന്റെ തജരീതും കൈകാലങ്ങളെ തജരീതാക്കലുണ്ട് അമ്മാവിന്റെ താഴ്ത്തല്ലാത്ത ഒറന്നോട് ഈ ചെയ്യൂല കൈയ്യോണ്ട് എഴുതിയാണെന്ന താഴത്താകണം ആഗോണ്ട് കൊറേ താഴത്താവണം അപ്പൊ പാറ്റല്ലാത്ത മറ്റെല്ലാത്തിനൊന്നും തജിയിതാക്കലും ചില അസ്വാമിനെത്തുള്ള തജരീലുണ്ടാവും കുഞ്ഞാവിനെ ജീവിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അസ്വാബം ഒന്നും ഇല്ലാതെ അമ്പാവുന്ന താല്പര്യമാക്കിയിട്ട് ആ കാര്യം കഴിച്ചു അങ്ങനത്തെ തജരീത് പറയേ തരത്തിലുണ്ട് കുഞ്ഞാബിന്റെ അനായിക്കളെ ഉടലുണ്ട് പിന്നെ ജനങ്ങളെ തൊട്ടുള്ള തജിരീതി ഉണ്ട് കൈകാലുകളെ വിവാദത്തല്ലാത്ത ജനങ്ങളെ പൊട്ടലും തജിരീതിണ്ട് മനസ്സിന് അമ്പാവമല്ലാത്തതിനെ തൊട്ട് തജീ വിഷയത്തിൽ അതുപോലെ തറക്കില്ലാന്ന് പറഞ്ഞാൽ അപ്പം അസ്ബാബ് കളാകുന്ന തൊലിയുരിച്ചു ഇതിനെ തനിപ്പിക്കുക അൽബിർ അള്ളാബ് അല്ലാത്ത മറ്റു വിചാരണ എല്ലാം ഉച്ച കളഞ്ഞിട്ട് ഇതും തനിപ്പിക്കുക തർക്കില്ല അസ്ബാബിന്റെ അത് തലീതിൽ അവാദ്യമാണ് അഹ് അള്ളാബ് പോലെക്കുള്ള മറ്റം ഒന്നു വീഴുന്ന വിഷയത്തിലെല്ലാം ോബിയത്തിന്റെ മധുഭൂ ആരാണ് സുപ്പത്തിന്റെ ഹരിതാർ തന്നെയാകുന്നു സ്ഥലമാണ് വനാഹു അരഹി സ്ഥലത്ത് എടുത്തതാണ് ഈ തങ്ങളെ പള്ളിന്റെ ഒരു ഭാഗത്ത് എന്തിനു അസഹാബിഹി തങ്ങളുടെ അസഹാവിമാരുടെ ബക്കീറമാരെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിട്ട് അവർ കെട്ടിടത്ത് എന്ന് പറഞ്ഞു നാലോ അവർ ആയിരുന്ന ഇരുത്തന്നി ആണോ എത്തി അവർ ഒരുമിച്ച് കൂടും പറഞ്ഞാലും വൃക്കം പോലെ ഇത് തത്വ അവർ ധാരാളമായാൽ പല നാനൂറ് ആളുകൾ ഉണ്ടായിരുന്നു വിശദമാക്കി നാല് അധിക എണ്ണം നാനൂറ് വൈനാ അവർ പറഞ്ഞാലോ കാനോ തമാനീന എൺപതോ എഴുപതോ ആയിരുന്നു അപ്പൊ എഴുപത് മുതൽ ചുരുക്കിട്ടി പിടിക്കാം എഴുപത് മുതൽ നാനൂറ് വരെയുള്ള അവരുണ്ടായി നോക്കേണ്ടത് ഇതുകൊണ്ടാണ് സുമോ സോഫിയും സോഫിയത്ത് നിന്ന് പേര് കെട്ടി സുപ്പിച്ചിട്ടാണ് ബിഹിന്ന് പറഞ്ഞാൽ ഈ സുപ്പത്തിലേക്ക് ചേർത്ത് ആ മോഹയിലേക്കുണ്ട് കാരണത്താ സുമോ സോഫിയാക്കൾക്ക് പേരു അതൊരുള്ള വന്ന കണ്ടെ നിസ്ബങ്ങനെ നോക്കുന്ന സുഫത്തിലേക്ക് ഇസ്ലാദ് പറയുമ്പോ സുഹീനമാകുന്നല്ലോ സുഫീനെന്ന് പറഞ്ഞു ആയിട്ടുള്ള കാലം മുന്നേ ഉള്ളവർക്ക് ഇതേപോലെ പേരുണ്ടായില്ല അങ്ങനെ ഒരു കാലമായിട്ടെല്ലാം പറയുന്നുണ്ട് ഒരു കാലം മുതലാ തുടങ്ങി എന്നാലും പറയുന്നു Hmm. अवर अवर अवर ോ അതാണ്ട് നമ്മളെ തുറക്കുന്ന ആളുകൾക്ക് ഉണ്ടല്ലോ സൂഫിന്നുള്ള ആ പേരില്ല എന്നു പേരിനോട്ടെന്നല്ലോ പേരെന്തോർത്താൻ കിടക്കുക എന്നല്ലേ ഓരോ അമ്പ്യാക്കൾക്കും ഉണ്ടാവും അവരവരുടെ ആ അഹ്മാര ബിമ്പിച്ച് നടക്കുന്ന ആളുകൾ അതൊരു കൗരവപ്രകാരമാണ് സോഫിന്നുള്ള പേര് സുപ്പത്തിനേക്കുള്ള ചെറുത്തിട്ടാണ് പേര് കിട്ടിയത് എന്നുള്ളൊരു പൗരാണ് അവർ ആയിരുന്നു ഇത് രണ്ടാമത്തെ അള്ളാഹുന്റെ വൈഫ് അവർ ആയിരുന്നു യുണറോനസ്ലാം അള്ളാഹുവിന്റെ വൈഫുകൾ ഇസ്ലാമിന്റെ വൈഫുകൾ വിരുന്നതാ എന്ന പേരിലും അറിയപ്പെടും അതാണ് മുസ്ലിം എന്ന് പറഞ്ഞത് ഇസ്ലാം ആ തറോ അവർ തെരഞ്ഞെടുത്തു അത്തരീലിബാത ഇമാറത്തിനോ ആയി ചെറിയ കെട്ടിട്ട് ഇമാറത്തല്ലാത്ത വെറൊന്നും ഓർത്തു വേണ്ട തന്നെ തങ്ങളുടെ മുതാരത്തു വേണ്ടിയും എല്ലാ ജോലിസിനൊക്കെ മാറ്റി വെച്ചിട്ട് ഒരറ്റീടാണ് അവരുടെ കാര്യത്തിൽ അൽപ അൽക്കുണ്ടല്ലോ താങ്കൾ ആട്ടാൻ പാടില്ല തങ്ങൾ പായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആരെ ഒരു കൂട്ടരെ അവര് രാവിലെയും വേഗനെ ബബ്ബിനോട് സിക്യുറും വിഭാഗത്തിൽ ചെയ്യുന്നവരാണ് എന്നുള്ള ആഴത്തിറങ്ങിയത് ഈ സുപ്പത്തിന്റെ അനുകാരം വാങ്ങിയില്ല അതൊക്കെ അതിന്റെ വിശദീകരണം അടുത്ത് വരുന്നുണ്ട് അവിടെ ഉത്തേച്ചു അപ്പൊ അസബും നബീസ് അല്ലി ഹസ്തല പവർ എന്താക്കി ഇക്ലാദാക്കി സ്ഥിരപ്പെടുത്തി കൊടുത്തു അല്ല തരീതി തന്നെ ഉന്നോ അസ്ബാബിനെ വഹിച്ചോന്നും തങ്ങളെ സമ്മതിച്ചു നോക്കിയത് അപ്പോ നിങ്ങളെ പോയി പണെടുത്തിട്ടുവാ എന്ന് കണ്ട അവരെ അടിപൊളിച്ചിരുന്നു സജരീദിനും തർക്കുൽ അസ്ബാബിനും ആയിക്കൊണ്ടവൾ ഓർപ്പിച്ചു എപ്പോൾ ആകരൽ നിന്ന് തങ്ങൾ അറിഞ്ഞ അവസരത്തിൽ അത്മ തോക്കിലും അസ്ബാബിലേക്കുറു കൃത്തിനോട്ടം ഇല്ല എന്നറിഞ്ഞപ്പോ അത്മാവിലേക്ക് എത്തിക്കൊണ്ടിട്ട് പണി വേണം ഒരു പണി വേണം ഇങ്ങനെ അന്വേഷിച്ചിടക്കുന്നത്താണ് ഈ പണി വരുത്തി വന്നത് അങ്ങനത്തെ എത്തിക്കോട്ടേ ഇല്ലെങ്കിൽ പിന്നെന്തിനഞ്ഞു ഇല്ലാത്തവരുണ്ട് ഇല്ലാത്തവരുണ്ടല്ല അധികാളവും ഉള്ളവർക്കും ചിലപ്പോ ഈ കൂട്ടത്തിന് സഹകരിക്കുകയാണെങ്കിൽ പിന്നൊന്നും സാധ്യല്ല ഇല്ലാത്ത ആളുകൾക്ക് വയ്ക്കാൻ പോകാൻ പോയി ഇതൊക്കെ പുറനാട്ടിൽ വന്നു മൊറണാട്ടിലാജ് വന്നവരാ അധികം അതിനേക്കാളല്ല അതി ഉള്ളത് അതുപോലെ വേണ്ടി അഭിപ്രായം മഹാഹത്താൽ അവർക്ക് എന്താണ് ഓരി വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് പൊരുത്തപ്പെടലിനെയും തങ്ങൾ അറിഞ്ഞാല് വേറെ പണിയിലേക്കും അസ്മാവിലേക്കും പോകണമെന്നില്ല ആ അതി നോട്ടവും ഇല്ല വേറെ ആ ദൈവനോട് കിട്ടണമെന്നു ആശയില്ല പിന്നെ ബെറിയുമില്ല അതെന്താ കൊണ്ട് അവർ പൊരുത്തം അങ്ങനെയുള്ള അവസ്ഥ കാണുമ്പോൾ സജീവിന്റെ മേലും അസ്വാ തർക്കുള്ള അസ്ബാബിന്റെ മേലും തങ്ങളൊക്കെ ഓർപ്പിക്കും ശനിമാ യുവാ യുവാജിഹും അള്ളാഹ സുപുണാരഹുമത്താര അവർക്ക് എന്തുകൊണ്ടാണോ മുവാദന ചെയ്തത് അതുകൊണ്ടും പൊരുത്താക്കുന്നു അള്ളാഹാ അവർക്ക് നൽകുന്നല്ലോ അതിനാൽ മീൻസ് ആക്സിൻ ഒന്നിക്ക് വിശാലതയായിരിക്കും എന്നാ അതുകൊണ്ടും തന്നെ ആ ഒരു കഷ്ടപ്പാടാണോ അതും പുരുത്തം തന്നെ അപ്പൊ ഇന്ന് വെച്ചാൽ എന്താ അസ്ബാബിന്റെ ആരെങ്കിലും എത്തി നോക്കുന്നുണ്ടെങ്കിൽ ഓനിക്കെന്താ അസ്വാബിലേക്ക് വിടുകല്ലേ അതാശോ അവനാങ്കിലും എത്തി നോക്കി എന്നാൽ എന്തിനേക്ക് അസ്ബാബിലേക്ക് എത്തി നോക്കിയാൽ അമാവൂ അങ്ങനെ അവരോട് കൽപ്പിക്കും അസ്ബാബ് കൊണ്ട് കൽപ്പിക്കും അസംഭപ്പാമല്ല അമറഹു അന്നീ ജോലി നോക്കി വന്നാൽ ഉദാഹരണം ഇത് ഹക്കീം ബിൻ റബി അള്ള മൂപ്പർക്ക് കുറച്ച് ആഗ്രഹം തങ്ങൾ കൊടുത്തു തുമ്മത്താ ലീം ചോദിച്ചപ്പോ ആ ഇനിയും കൊടുത്തു അപ്പൊ നല്ല കുറച്ച് രൂപ കൊറഞ്ഞിട്ടുണ്ട് ആ പ്രവർത്തനത്തിന് മനസ്സിലായില്ലേ ഒരു മദ്യാനായിട്ടുണ്ടെന്നും അവരോട് പറഞ്ഞു ആ അൻമാല ഈ മുതലെന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ അത് ഒരു പച്ചമുട്ടി സാധനമാണ് നല്ല പച്ച മതി അത് നല്ല മാതിരിണ്ടാവും നല്ല മതിലുണ്ടാകും അതാരെങ്കിലും സ്വീകരിച്ച സഹാപത്തിനക മനത്തിന്റെ സഹാപത്തോടു കൂടി സ്വീകരിച്ചു വെച്ചാൽ ഇങ്ങനെ കൊടുത്തോണ്ട് വാങ്ങി പുറത്താക്കി എന്നാ ഓ നല്ല പ്രൊട്ട് പോരാ പോരാളുടെ പേജിറ്റ് വാങ്ങുമ്പോൾ എന്താണോ ഇവരെ സെഞ്ചിവാദനം കൊടുക്കുന്നത് മനസ്സിന് സഹാപത്തോടുകൂടിയല്ല കൊടുക്കുന്നു വേദനകൾ പറഞ്ഞേക്കാൻ വേണ്ടി ആ സഹാബത്തോടുകൂടിയാണോ അതെ സ്വീകരിച്ചതെങ്കിൽ ഭൂരിക്ക് അല്ലെങ്കിൽ അവനിക്ക് വറക്കത്തിട്ടു ഒരാളെ സ്വീകരിച്ച ഇഷ്ടാഖി നഫ്തിന്റെ ഇഷ്ടാഫോടുകൂടി എന്നുവെച്ചാൽ ഇവന് കിട്ടണമെന്ന് ആറ്റം വെച്ച് കൊടുക്കുന്നോനിക്കുന്നില്ല കൊടുക്കുന്നതിന്റെ തിരിഞ്ഞോട്ട് അതും ഉണ്ട് അതായി അങ്ങനെ രണ്ടുപേരുണ്ടെങ്കിലും അല്ലെങ്കിൽ കൃത്യ പോലെ അതുകൊണ്ട് ഒരു ഇതുണ്ടല്ല ആ മറക്കത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പുറത്തുനിന്നി പോലീല്ലോട്ട് ഇനി രണ്ടു വട്ടേ കാണുന്നുള്ളൂ പക്ഷെ അതേപോലെ ഇത് രണ്ടുപേരൊന്നും ഇവരെ ഹരിച്ചു നോക്കണം ണ്ടല്ല എന്നിട്ട് തങ്ങള് പറയുന്നു വക്കാന ആ വ്യക്തിയാകും ഇത് ഈ മനസ്സം സംതൃപ്തി ഇല്ലാതെ വാങ്ങിയാലുണ്ടല്ല കല്ല ഇഷ്ടം പോലെ തന്നിട്ട് പക്ഷെ വരനറിയുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയാണ് എന്ത് നിന്നിട്ടും തടിക്കെട്ടുന്നില്ല എന്ന് പറഞ്ഞ മതി ആ പൈസ കൊണ്ടും വലിയൊരു ഉപകാരത്തിൽ നിന്നില്ല കഴിഞ്ഞിട്ടല്ലാം വാങ്ങിയ പൈസ ഉണ്ടല്ലോ ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാ പിന്നെ അവളോട് പറഞ്ഞു അപ്പൊ നമ്മൾ തെളിവെന്താണ് അഹ്ബാബിനേക്ക് ആഗ്രഹിച്ചാൽ അവർ ആ കല്പിനെ കൊടുക്കുന്നില്ലേ അല്ല പറഞ്ഞു കൊടുക്കുന്നു പിടിക്കണി ഹാബ് ലഹൂന്നീ ലഹുല്ല ഹാബ് ലഹു അവന്റെ കാര്യടുക്കുന്നു ഒരു കരട്ക്ക് അപ്പത്തിന്നില്ലേ പെട്ടപ്പാന്നില്ല അയ ഹെട്ടത്തിൻ വിറക് ശേഖരിക്കുന്ന ഒരു കാര്യം കൊടുത്തിട്ട് അത് ഹൈറോന്ന് ഹൈറാണെങ്കിൽ അഞ്ചുരൻ ഓരോ റദ് കൊണ്ട് ചോദിക്കുന്നതിനേക്കാളും നല്ല പണിയെന്താ ഇല്ലാത്തത് കൊണ്ടാണല്ലോ എന്താക്കിയത് ചോദിച്ചത് ചോദിച്ചതിനെല്ലാ പറഞ്ഞതിനെപ്പറ്റി തങ്ങളൊന്നും പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ചോദിക്കുന്നതിനേക്കാൾ നല്ല പണിയെ തന്നത് താഴെ കൊടുത്തിട്ട് പോട്ടി വളരെ ശരി അങ്ങനെ ചോദിക്കുമ്പോൾ ആക്കാവ് ഒരു വശം മനുഷ്യൻ കൊടുക്കും അവർത്തില്ല എന്നും വരും അതിനകത്ത് നല്ല പണി എന്താ കാലത്തിൽ പോയിട്ട് അധ്വാനിക്കലാണ് തങ്ങളുടെ അറിയിച്ചു കൊടുത്തു അല തസം ഒരു സമവ് സ്വീകരിക്കണം എന്നതിലേക്കാൻ സഹിച്ചോ എപ്പോൾ അസുബാബിനെ പോലമാണത് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് തപ പ്രതികരിക്കുമ്പോഴും പകരം തസപ്പാണ് അതെ അറിയിച്ചു കൊടുത്തത് കാരണം അയ്യ ഈ ചോദിക്കല്ല ആഹ്മിൻ ഒരു അവസാനം ചെയ്യുന്ന ജോലി അതാണ് അതും തന്നെ അവർ കൊടുക്കലല്ല ഒരു പണിയില്ല ഒരു ഗതിയില്ലാതെ അവസാനം ചെയ്തത് മറ്റുള്ളതിന്റെ മാറ്റം ஜதே இன ஹகீமீன் ஹிஸாம் அல்லாஹ் தஅலா ரஹ்மத் இல்லா எண்டோன் இதலம் யததஃபஃபாவா ஸௌனத ஜோக் உண்டை இல்ல சமரம் தஷஃபஃப மில்ல அஹ்லூல் குர்ஆன் அபீ தி ഖிலா ஹகீரீன் அம ரஸ்பாபிலே குண்டா தத்கோதம் இல்லா தாலிலர்க்கு மார்க்கம் அவர்க்கும் கெடிக்குலாம் வாலிடாலி கே கால் அல் கவாஸர் ரபில்லாஹு அன் தபயினோ மாதாம தில் அஸ்பாப பின் நஃப்தி காஇமதன் ക്കാനും മാതാമത്തിൽ അസുബാബു അസ്ബാബുകൾ ആകുന്ന കാലത്തോളം പിന്നെ മനുഷ്യന്റെ മനസ്സിൽ കായ്മ തന്നെ അത് കൊടികൊണ്ടെന്ന് തബു വേണം ജീവിക്കാൻ മാർഗം വേണം മാർഗം വേണം ഇങ്ങനെ മനസ്സിൽ ചോർന്നുകൊണ്ടിരിക്കുന്നു انعال فتى سببه او لا سببه لمرضان لم فيه لكي لانا بيانا لمرضان اينا بشأن الله لأفودي انه ماركوة وَالَّكَنُ بِكَسْمٍ كَسْبُ مُجَانَةٌ مَّلَا عُنَلُّهُ أَحَلُّ لَوْهُ وَأَفِنَّ يَسْتَيْهُ وَهَلَّا غَلَانَهُ لَذَا لَيْهِ شوئي كم نحن بِأَنَّ الْعُقُودَ عَنِ الْمَكَاسِبِ لَا يَسُلَهُ إِلِّمَنْ لَم മക്കാത്തിരി തൊട്ട് ഇരുന്ന് കളയൽ കശ്മീരിൽ നിന്ന് പോകാതെ ഇരിക്കലുണ്ടല്ലോ മടിയനാഥലി അത് ലാത്ത ലഹോ അത് ശരിയാവൂല ലിമൻ ഒരാൾക്ക് ലം ഞെത്തൊട്ടാത്ത ഈ മഴയടുക്കാണ് കുത്തിയിരുന്നു കഴിഞ്ഞാൽ വെള്ളത്തില്ലോ പാടുപെടലും മനസ്സിന്റെ അധ്വാനത്തിലോ വന്നു വന്നു എല്ലാം വാങ്ങിക്കുന്നത് പറ്റൂല പോകുന്നത് പറ്റൂലല്ല ശരിയല്ലാത്ത ജോലി എടുക്കണോ ഇല്ലാത്ത ജോലി തിരഞ്ഞെടുക്കണം അതേ കിട്ടുന്നു വരുമോ ആറാമേ കിട്ടുകയുള്ളൂ അല്ല പിന്നെ അവരുടെ ഹാരിനെ മുത്തലിക്ക് വിശദീകരിക്കുകയാണ് റസഹാബത്തൊപ്പത്തിന്റെ അതെന്താണ് അയ്യപ്പതാമിയും അവരോട് പിന്തുടരാൻ വേണ്ടി കാനോലത്ത وَأَنْتُمُ الرَّحْمٰنُ مُعِيدِينَا كَانُوا أَغْلَصُ الصَّفَّائِرُ عَامِلِينَ عَلَى التجريد. تَجْرِيدِ تَجْرِيدُ الْمَلَائِكَةِ وَرَمَلَ ചെയ്യുന്നവരായിരുന്നു وَمُعْرِضِينَا أَوَ قِندِينَا وَلَايِرْنُو أَنْتُمُ الرَّحْمٰنُ رَحْمٰنَايَ اللهُ അല്ലാഹു അല്ലാത്തവരൊക്കെ തല്ല അവർ പിണ്ടിന്നവരായിരുന്നു കാരണം കബറന്ന് കാണൂ ആമീനِينَ عَلَى تَجْرِيدِ وَمُعِلِلِينَ عَنْ سِمَ الرَّحْمَانِ قلتوا هذا تجريدنا ما نوين له التجريد تجريد إن مردان ذاه بس تجريد عن الشيء ولشيء نردته منه ولشيء عليها منه خريك اللي نعلم منه تم تجريد يقالوا فلان جردت وضغون وغيهم ولم يسا جرد أي نمصر عن التجريد أي ارتم عزالهون أمصرهم غليوا تشو نارتم ഞാൻ തൊലിനെ തജരീതാക്കിയ അതു അതിനുള്ള രോമങ്ങൾ നീക്കിന്ന് അർത്ഥം ഈ പറഞ്ഞ യുഗത്തിന്റെ അമ്മായിട്ട് സോഫിയത്തിന്റെ ഇസ്ലാമ്രകാരമുള്ള തജരീദ് മൂന്ന് തരത്തിലുണ്ട് ഞാൻ എത്ര പറഞ്ഞത് ഒന്ന് മാത്രം തജരീത് മറ്റൊന്ന് ബാത്തിൻ തജരീത് രണ്ടും കൂടി തജു മൂന്നയില്ലാഹിർ മാത്രം അവൻ ബാത്തിന് പക്കണ്ട് അത് ഹുമാറാൻ അല്ല രണ്ടും കൂടി കൂടി ചെയ്തു ഓരോന്നും പറയാർ എന്ന് പറഞ്ഞ മുന്നവീയായ അസ്ബാബുകളെല്ലാം ഒഴിവാക്കരുത് മുന്നാളിലേക്ക് പിടിക്കുന്ന ഒരു സ്വഭാവം വേണ്ടിയാണ് മനുഷ്യന്റെ ജിമിനേക്ക് ചേർക്കപ്പെടുന്ന നെഫ്സുമായി ബന്ധപ്പെട്ട അപായുധികൾ ഓരോ നടപ്പുകൾ ഉണ്ടാവുമല്ലോ തനിയാ ഒരു സിനിമ അതിനെല്ലാം കൂടെ കുളിക്കാതെ അത്യാവശ്യം കൊണ്ട് മാത്രം മറിയാക്കി ഇന്നതേ തിന്നുകൂ ഇന്നത് ഇനിയെ കടക്കുകയുള്ളൂ ഇന്നത് പിടന്നു എന്നാലും നമ്മൾ ഓരോ അഗാധി നെഫ്സാനിയുണ്ട് അതിനെല്ലാം നിങ്ങൾ ഒഴിവാക്കാറുണ്ട് അല്ല ഒക്കെ വന്നോ കാലം മരണോസിന്റെ ആവശ്യമാക്കാൻ അല്ല നോക്കി കിട്ടില്ല ആ എന്നാൽ മതി നെഫ്സിന്റെ അപായധികളെ ുഹാനിയെല്ലാം ഊഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അവർ ഒഴിവാക്കണ്ടതില്ല പറഞ്ഞു ലെഫ്റ്റുമായി ബന്ധപ്പെട്ട് അരായിക്കുന്നുണ്ടോ ലെഫ്റ്റുകളല്ലോ ബന്ധപ്പെട്ടുണ്ടോ ആളെ പോണേനും അത് കൊണ്ടെങ്കിലും ഇത് കൊണ്ടേനും കണ്ടെങ്കിൽ എല്ലാം മത്സ്യത്തിപ്പിടിക്കുന്നുണ്ടോ അതെല്ലാം കൊണ്ട് മുസ്റ്റോലെയാണ് വാൽ അവാായ അവാായിക്കൾ അവാായിക്കുന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിനെയും മാർഗ തടസ്സം ശ്രമിക്കുന്ന ഈ തടയുന്ന വസ്തുക്കൾക്കാണല്ലോ അവാക്കുന്നവര് ചിലപ്പോ ബഹുമായിക്ക് ഇവർ തടയുന്നുണ്ടാവില്ല കാറില്ലാത്ത ബഹുമുകൾ തമിഴ്നാട് ഞാൻ പായനക്കുറിച്ചില്ല എപ്പോഴും പോയിട്ട് നിൽക്കുമ്പോ ഒറ്റക്ക് നിക്കുമ്പോ ഇങ്ങനെ ഇടിക്കാൻ വരുന്നുണ്ട് ഇവിടെ ആരോ കാറിൽ എല്ലാം തോന്നാ ചനിച്ച ബഹുമാണല്ലോ ഉണ്ടാവില്ല എന്നാലും ആളുണ്ടല്ലോ അവിടെന്തോ മുടി കൂടിക്കളി അങ്ങോട്ട് പോയിക്കൂടാന്നല്ല ഈ പുറമ് ആ വഹമ്മ പറയാം പാടരാക്കരാൾ പള്ളി കേൾക്കും പള്ളി കേൾക്കുമ്പോ ഇരട്ടത്താ ഇരട്ടത്തെട്ട് അണിഞ്ഞ് പോകുന്നു പോവും അതുപോലെ ആടുന്നതും പാമ്പ് വലിക്കളി നെരി വന്ന കളിയും നായി വന്നു കള്ളം വരുന്ന വഹമ്മുകളാണ് അറായിക്ക് വന്നു വെഹമി ഞായത്തോളം മുമ്പില് വന്നു അങ്ങനെ ഇല്ല മാറ്റാണ്ടെന്നിട്ടങ്ങ പുറപൊടിക്കാണ്ട് വൈ കൊണ്ടു പോയാൽ ജലദോഷം പൊളിക്കും ജലദോഷം പെരി വരും പെരിവരുന്ന മൂലക്ക് വരും ആകണ്ടായിക്കളും മനസ്സെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയവരെ ഈ അവാക്കളാണ് അല്ലങ്കിലും മുറിച്ചു അത് വന്നെ കാണണം രാത്രി പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ നടക്കുന്ന അത് അറിയുന്നുണ്ടല്ല ആളുകളെ ശരിപ്പെട്ട് വച്ചെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളാരും പുറത്തെറിയത്തിൽ ചെന്ന് ചിത്താമോ നടക്കേണ്ട സമയമാകുന്ന വിശ്വാസത്തിന് അറിയത്തില്ല അതിലുണ്ടീ ഡോക്ടറിയുടെ കാലക്ഷലകളെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ പുറത്താക്കി നമുക്ക് അപ്പോ ആടാ ബാധിക്കൂലെന്നും വരും അടങ്ങിയാൽ അവിടെ പിന്നെന്താക്കണം ചിലപ്പോ ആ അമ്മിനെ ഉൾപ്പെട്ടോട് അറിവ് വലിക്കേണ്ടി വരും എനിക്കൊന്നും ബാധിക്കില്ലാന്ന് കണ്ടാലും തങ്ങൾ വിരോധി സമയത്ത് ഈ അടുക്കല് ആ വിരോധം കുറച്ചു കഴിഞ്ഞാൽ ആടെ നമ്മളങ്ങത്താണല്ലാന്ന് മാറ്റി നിൽക്കുന്നതിനു കുത്തിമാനം കിട്ടുന്നില്ലേ അതുപോലെ പന്ത്രണ്ട് പണിക്കലും പള്ളിയിലുണ്ടല്ലോ ആരല്ലാതെ പള്ളി അത് പണി നടക്കുന്നില്ല അവര് ജിന്നല്ലുണ്ടാവുന്നല്ലോ പറഞ്ഞിട്ടിങ്ങനെ പച്ചപ്പാടിലുണ്ടാവും അങ്ങനെ അതെ ചെറുതൊക്കെ ഉണ്ട് ജിന്നുള്ള പള്ളികളൊക്കെ ഉണ്ടല്ലോ നമ്മള് പേടിച്ചുപൊടി ജിന്നുണ്ടാകുന്നു മറ്റൊരു നിലക്കർത്തുമ്പം അള്ളാഹുവിന്റെ താത്തിനെയും വിട്ടിട്ട് അനന്ത സുഗതാബിക്കാൻ എന്തെല്ലാം ഉണ്ട് അല്ലൊഴിവാക്കൽ എന്ന് പറയുന്നു അപ്പൊ നാവിന്റെ നിക്കളല്ലാത്തതിനൊരു തജീതാക്കൽ ജയിലെ അതല്ലാത്തതിനൊരു തെറ്റിദ്ധാക്കൽ കാങ്ങനെ ഓരോന്നിനും വരും അള്ളാഹുവിനോടൊപ്പം നറുറാബല തൊട്ട് കൽബി രക്ഷകൂലാക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം കൊണ്ടു വിവാഹത്തിൽ എന്നും നോക്കാം തജരീദു രണ്ടും കൂടിയോ കൽബിനില്ല ഗാലപെന്ന് പറഞ്ഞാൽ ശരീരം കൽബ് കൽബ് തന്നെ രണ്ടിനെയും അള്ളാഹു തലയെ കൂട്ടി മാറ്റി കൊടുക്കീദുൽ കാമിന് പിൻലാഹരി ലാഹരിലുള്ള കാമിലായ തജരീദ്ന്ന് പറഞ്ഞാൽ എന്താ അനുമരട്ടല്ല ഒഴിവാക്കാൻ പതിവാക്കി ധരിച്ച വസ്ത്രങ്ങളൊക്കെ പലതുണ്ടല്ലോ വർണ്ണം പോയിട്ടാണെന്ന് അത് തന്നെ ഒഴിവാക്കിയിട്ട് തൽക്കാലം അവിടെ കാര്യം കൊണ്ട് ഒപ്പിച്ചോളിക്കും അത്യാവശ്യം ീത്തയായ എന്തെല്ലാം അദ്ദേഹം അതാണ് നമ്മുടെ ലക്ഷ്യം ഇതെല്ലാം ഒന്നാമത്തതിലേക്ക് എന്താണ് നമുക്ക് ربكو له كانوا على التجريد عاملين كانوا على التجريد عاملين وعنزوا الله ما نماريوين ولكن عند تجريد من البغضين والنام قد تجريد الله قالوا او رائدنو عاملين عمل جهدنا ورائدنو تجريدنا من الله يتكي نحن نقول له ظاهر اي أسباب الله مريواكي عمل جهدنو نعني أرقب وعن ومعلمنا انت من الرحمن فما لا تغرطت انما ابغيتوا ان قلوبكم تجري ذاهبين اponte lahilam maridil batil maridun randinam ikanila qanun aistut ta'ilun ta'jridu allahi alamilina wa rafa'u himmatuhum alam malakatu kamli niyyatin rabbil alamin laqaniru bima tayassara min alqut ഭക്ഷണത്തിൽ നിന്ന് അവർക്ക് എന്താണ് എളുപ്പമാകുന്നത് അതുകൊണ്ട് പൊരുത്തമാകും ഇന്നത് വാണൻസിനെ കിട്ടുകയുള്ളൂ ഇന്നത് തിന്നൂല ഇന്നത് ഇന്നല്ല ഒന്നുമില്ല അമുള്ള അവർ തമ്മിൽ വസ്ത്രങ്ങളിൽ നിന്ന് അവർക്ക് അവർക്ക് മറക്കാൻ എന്താ കിട്ടി കഴിഞ്ഞാൽ അതാണ് ധരിക്കാൻ അല്ലാതെ വന്നുഹാ ദിയാവിൽ മാതാപിതാക്കൾ മുട്ടിലേക്ക് മാറാത്ത ഉണ്ടായിരുന്നു മാരോട് പറയും നിങ്ങളെ തല ഉയർത്താൻ ആയിരുന്നതാണ് എന്താ തല ഉയർത്തിക്കഴിഞ്ഞാൽ ആണുങ്ങൾ അവർക്ക് കൊണ്ടുപോകുന്ന വിചാരി കായകൊണ്ട് ചെയ്യാത്തവരെ തല ഉയർത്തല്ലേ ഒറ്റത്തുള്ളിയിൽ എടുക്കുന്നു അങ്ങനെ പറയുമായിരുന്നു അത് അയല് സ്വൽപ്പത്തിന്റെ അവറൊക്കെ പെട്ടുങ്ങമാൻ പോകുന്നു കൊടുത്തിട്ട് അതെന്തുകൊണ്ടാണ് കാണുന്ന മീൻ മിസ്ലി കറിയാത്തായിപ്പോൾ കണ്ടപ്പോൾ ബക്കരയുകയുണ്ടായിട്ട് അള്ളാഹു സ്വഹാൻ എന്ന് പറഞ്ഞാൽ കണ്ട് പ്രകാശിപ്പിച്ച ഈ വ്യക്തിനെ നിങ്ങളൊക്കെ നോക്കണം ഞാനവരെ കണ്ടിട്ടുണ്ട് മക്കയിൽ വെച്ച് ഞാൻ കണ്ട് വൈനഅി അവരന്ന് മാതാപിതാക്കന്മാരടയിൽ ബല്യത്തിൽ ഒരു ജോഡി വസ്ത്രത്തിൽ വലിയ അഭിമാനം കൊണ്ട് നടത്തുന്നത് ഇരുന്നൂറ് ദിവളം വഴിവരം തെളിഞ്ഞോട് വസ്തു എന്നെ തവണ ഇരിക്കലേ രാവിലെ എട്ടര വൈകുന്നേരം മാറ്റുന്ന പറഞ്ഞു ഇസ്ലാം അന്തരുൾപ്പെട്ട് ഇസ്ലാമായതിനുശേഷം പിന്നെ കുറവക്കാർ പുറത്താത്ത അത് പോയി അത് വെച്ച മുഴുവൻ നിർമ്മിയെടുത്ത് വാർത്താ സമൻ ചെയ്യാൻ വേണ്ടി വെച്ച് തുന്നിയല്ലേ വെച്ചില്ല തല മറച്ചാൽ കാല് പോറച്ച തല പോയിട്ട് തങ്ങൾ പോലെ തലന്റെ ഭാഗം തുണിയുണ്ടെ മറച്ചു കാല് ഭാഗം പുല്ലുവെച്ച് വെച്ചാൽ അല്ലേ വന്നത് ഇതൊരു ശഹിതായപ്പോ അപ്പൊ പണ്ടേത്തെ ഹാരി ഇപ്പത്തെ ഹാരി ഒന്നാമതല നൽകുന്നു പ്രകാശിപ്പിച്ചപ്പോൾ ഞാനൊരു കാലത്തോടെ കണ്ടിരുന്നു ഇങ്ങനെ അവരുടെ മാതാപിതാക്കന്മാരുടെ വലിയ ബഹുറും കാട്ടി നടക്കുന്നൊരു കാലം അതിയത്ത് ലഹുവും അവർക്ക് വേണ്ടി വാങ്ങപ്പെട്ടിട്ടുണ്ട് അവർ ഇസ്തലാഭിമി അത്ര ദൂഹമിൻ ഇരുന്നൂറ് തമ്മിന് വേണ്ടിയിട്ടാണ് ഈ വെല്ലത്ത് എന്ന് പറഞ്ഞാൽ വെല്ലത്തിലെത്താ ആ വസ്ത്രത്തിന്റെ ജോഡി വാങ്ങപ്പെട്ടത് അവ ഇരു ദൂഹി ഇരുന്നൂറ് ദൂമി ഇരുന്നൂറ് ദൂഹി ഒരു കാലത്ത് ഞാനെങ്ങനെ നമ്മളെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കൊള്ളു നോക്കിയാട്ടേ റസൂരി അമ്മാവിനോടുള്ള ഹ് റസൂരിനോടുള്ള ഹബ്ബ് സ്വന്തം ആരാടി അവരെ ആക്കി തീർത്തു ഹത്ത ഇന്നെ കാണണം ഈ അവസ്ഥയെ കോർത്തിച്ചത് അങ്ങനെയാണ് ഒരു കാലത്തിങ്ങനെ അള്ളാഹിനോടും വസു മുമ്പ് ഈ കാണുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചിരിക്കുന്നു അരിഹാദി സ്വപ്നത്തിന്റെ അരികാർ അനബാരി ആരാ സ്വപ്പത്തിന്റെ തിരി ഉമ്മത്തിൽ തയ്യാറായ ആളുകൾ ഇത് തന്നെയായിരുന്നു നബീ സി വസ്തു മതങ്ങളുടെയും അടയാളം എപ്പോൾ ലമമാ അന്നു പത്തലീനെ കാണാൻ പോയി ദഹലി അല ഹിമി ദഹന ഉമർ അബി അള്ളാഹെന്ന് കടന്നു അതിനപ്പുറം ആ അലഹിതണ്ട് അപ്പൊ ഇവിടെ സല്ലഅള്ള പറന്നു വന്നപ്പോൾ തന്നെ പായ പിന്നെ തങ്ങള് കാണാൻ ശരീരത്തിന് ഇങ്ങനെ വരവെപ്പിച്ചിട്ടുണ്ട് പായന്നെയും അറിയാളുകൾ അപ്പൊ അതൊക്കെ ഇത് കണ്ടപ്പോ തരഞ്ഞാ ശരീരത്തിന് ഈ വായന്റെ അടയാളിങ്ങനെ അപ്പൊ പിരിക്കാൻ വിമാനത്തന ഒത്താല് തങ്ങളുടെ പടയം ഈ ഒരു യഹോദിനെടുക്കൽ പടയം വെക്കപ്പെട്ട രീതിയിലാണ് തങ്ങളുടെ ഒപ്പാത്തായ വന്യ സാറാ വിദേഹ അന്ന കുൻ നിന്നത്തൻ വലിയ ജാലത്ത് സാറ ഇതെല്ലാം ആയി മാറി ഏത് ഈ കൊറച്ച് ഭക്ഷണം കുറയല് തിരിക്കാൻ ഇരിക്കാൻ ഇല്ലാണ്ടാകും വസാൻ തലങ്കാനില്ലാണ്ടാകുന്നെല്ലാം പറഞ്ഞത് വിദേശത്തായി മാറി ഇന്ന് ജനങ്ങൾക്ക് കണ്ടുടാ ജനങ്ങൾക്ക് ഇപ്പം ജനങ്ങൾക്ക് സുന്നത്തേറ സുനത്ത് അന്ന കുിൽ വസ്ത്രങ്ങളിൽ വിലയു കാട്ടലി അതിന് മുന്തിയ ഇനമാവലി രീകൾ തിരക്കല് ഇതൊക്കെ ജമ്മൽമാർ കൊറേ പൈസ മിച്ചു കൂട്ടൽ ഇതൊക്കെ സുന്നത്തൻ അത് സുന്നത്തായി മാറിയതാരാണെന്ന് നമുക്കത് പറഞ്ഞു ഞങ്ങളുടെ കാലത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ ഏ ഇത് വിധിയെത്ത് ഞാൻ ഇത് തെല്ലത്തിൽ വന്നു ഇത് ജീവനെല്ലാം മാത്രമല്ല ഓഫീസിൽ സ്വന്തത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അത് പറഞ്ഞത്ത മിച്ചോളണം എന്നാ സ്വന്തത്തിന് മേട്ടേ സ്വന്തത്തിൽ പൊത്തോളത്തില്ല ان النار ان النار ما لنا له راجعون نوب نهر طالع हुई और रहम الله القائل और बद्दक हम رحمت देते याह नियल्लाहु मा لنا سي हक ذرو اذ انغرو فجيد والرحمت معنا يا حسبي الله وتعजबी दुआ कर मा لنا سي ان النار जन्नत के बच्चे ും അവരിൽപ്പെട്ട അധികം ആളുകളും മുതലായവരെ ആ എന്താണ് ജനങ്ങൾക്ക് വിറ്റിപ്പോയത് ഇതൊക്കെയാണെങ്കിൽ ആ സഹാപത്തിന്റെ നിമിത്ത കാര്യത്തിനും ആവുമ്പെട്ടതാണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നത് ജനങ്ങൾ അതിങ്കാറാക്കി തലേലി തൻ സമ്മൂ അവർ പേരിട്ടു സമ്മാനുസമ്മി മതി സമ്മു സമ്മാവ് തന്നെ വന്നു സമ്മാനുസമ്മിക്ക് മതങ്ങനെ സമ്മാവ് തന്നെ വന്നു തമ്മ് ജനങ്ങളെ പേരിടുകയാണെങ്കിൽ തരീക്കാവ് ടോപ്പിക്കൻ അരികാല തലീക്കെ ശാര കത്താൻ ഒരു പഞ്ചൻ ടൌഫീഖിന്റെ ഹലിതാര ജീവിതം കണ്ടാൽ അവർ പഞ്ജനാക്കും എന്നാ വസു അവർ താൻ പേര് കൊടുത്തു അല്ലേ ബിരിയാത്തിനും പേര് കൊടുത്തത് സുന്നത്തൻ എന്നാണ് അഫുലി വർക്ക് കണ്ട ആ അപ്പു ടൗഫിന്റെ ഹലിദാറീഖിന് സ്ഥലക്കത്തു പഞ്ചൻ അൽ അല്ല വലക്കബുൽഹൽ സുന്നത്തൻ എന്നാ ഞങ്ങൾക്ക് വീട്ടിൽ പോയിരുന്ന മക്കൗലും താനും അത് മക്കൗലും താനിയാണ് മൊക്കത്തമ്മു ലത് ലക്കബൂക്ക് രണ്ടു മുപ്പലു വേണം ഒന്നാം അപ്പാണ് അല്ലഹുവൽ ഒന്നാം അപ്പം സുന്നത്തൻ രണ്ടാം അപ്പം അപ്പൊ എന്താ ഈ വലക്കബു അഹ്വാൽവിത സുന്നത്തൻ എന്നായി സത്താണ് പേര് കൊടുക്കുന്നത് وقول النظرم فجد عند الرحمنه قالوا على التجريد عاملين هذا العيل يعد تجريد أن روض النظر وعن سبر رحمار معريضين عند الرحمن بعد كم دعمين هذا وقالوا عن سبر رحمار معرضين لا يلتكتون إليه ولا يتعلقون به وعمال الله في سبيلك അവർ തിരിഞ്ഞു നോക്കൂല ദിലേഹിനെതിരെ ശിവർ റഹ്മാനിലേക്ക് റഹ്മാനിലേക്കല്ല വല പോ അവർ അതുമായിട്ട് ബന്ധപ്പെടുകവരുമില്ല എന്തുകൊണ്ടാണ് ഇഫ്സിഫ് ആ മതിയാക്കി പുസ്തകൻ അള്ളാഹ് പറഞ്ഞത് മതി വരാം അറിയും പണ്ടോ ആദ്യം ബോധ്യപ്പെടുത്താനുമില്ല നമ്മൾ പോയ സ്റ്റേഷനെപ്പറ്റി പറഞ്ഞ അവർ ചെയ്ത് നന്ദിയാത്ത ീ രണ്ടാമത്തതിലേക്ക് ബാധിക്കൊടുങ്ങല്ല നമ്മളാ യോ ബുവാ ഭാഗം കൊടുക്കുന്നു അതിന് മോന്നോ സബദാന റബി ഖുലഖിന്നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ല ഖുലഖുണ്ടാന വ ഖുലഖു സിദ്ദിഖ് യദുറൂന അവ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണല്ലോ റളാതി വൽ ആഷിഖീ അതെന്താ ആട്ടക്കിച്ചോറുന്നു യദുറൂന റബ്ബിനോട് റളാതി അതെടുവാനോ ഖുദ റബി ഉത്ത തഖല്ലക ബിഖളാ എന്ന് പറഞ്ഞെന്നു തതബ്ബഅ ബി യദുണ്ടോനെ പറ ദൃത്യന്ന ആൽ മാരിന അപ്പോൾ അബൂരി അബനേ മഖ്റല്ല ലഖൽഖു വൽ കൊതുകൊണ്ടി നല്ല തയ്യിലും രണ്ടു തമ്മിൽ പോയിട്ടാണ് കൊതുപ്പിൻ രീതിയും കൽക്കുന്നല്ല അത് അസ്തീയത്തോ വക്തോ ഒരാൾ പ്രകൃതിയോ ആ ശീല സ്വഭാവം എന്നൊക്കെ പറയരുത് എപ്പോഴും റവിയോ പറയുന്നു റവിയമ്മിയൊഴുക്കു ദിവസം കൊലുക്കൊണ്ട് അപ്പോ സ്വഭാവം ചിന്തിച്ചു അപ്പൊ കൊലുക്കുകൊണ്ട് നമ്മുടെ സ്വഭാവം പോലെ രാജ്യമാകും ശമ്പലം സാധിക്കുകയുണ്ടോ അതെയാണ് പോയത് അനിയെ കാറഭൂമിൻ കൊലുക്കുകയും തങ്ങളെ പൊതുക്കിനോട് ഏതെ ചടുക്കു നിന്നതിനേ പറയാൻ പറ്റുള്ളൂ വൈല്ല അങ്ങനെ വെക്കാന്റെ വർത്തം തോന്നുക്കുന്ന തട്ടുക്ക് അനേ ഈസലാൽ കൊലുക്കനെ തട്ടലിക്ക് സാധിക്കൂല അന ഉറപ്പായി വർത്തമാ പൂർണ്ണമായ രീതിയിൽ സാധിക്കൂലെന്ന് നമുക്ക് അങ്ങോട്ട് അസംഭുഷേ നടക്കുള്ളൂ തങ്ങളങ്ങനെ തന്നെ കൊറുക്കാൻ നമുക്ക് ചെയ്യുന്നു തങ്ങളുടെ ഭൂമത്തിനെ നോക്കാൻ അവര് നിസ്സാഹത്തിനല്ല കഴിപ്പ എങ്ങനെ സാധിക്കുക ഒന്നാമത്താലും അന്നാത്താല തന്നെ തങ്ങളെ വർണ്ണിച്ചത് എന്നാണ് അങ്ങനെയുള്ള അറിയുമായ കൊലക്ക് നമുക്കുള്ള തന്നെ കിട്ടുക എല്ലാ കമാനാത്തിന്റെയും വർത്തവകള് പപ്പാവത്തമാങ്ങൾ ഒരുമിച്ച് കൂട്ടിയവരാണ് കൊടുത്ത മറുപടി തങ്ങളെ കൊലുക്കെന്തായിരുന്നു എന്നാ പിന്നെ പോവാനായിരുന്നു പറയുന്നത് ഷായിഷിബി റബിഅള്ളം സങ്കോദം പ്രകടിപ്പിച്ചതാ എന്തെന്ന് താൻ തൂല ഹായിഷീ പറയുന്നു കൊലത്തു അബ്ദുൾ റഹമാൻ എന്നായിരുന്നു അവിടെ പറയേണ്ടത് റഹമാനായ അള്ളാന്ന് കൊലക്കെന്നാ അത് തന്നെ തങ്ങളെ കൊലുക്കെന്നാ പറയേണ്ടത് ആ പറയുന്ന തൊട്ടുണ്ടാക്കിയ ലേശം പാലിച്ചിട്ട് ആ കൊലാനാക്കി വച്ചു അതിനാ അഥ്മാൻ അള്ളാൻ അവന റഹ്മാൻ അള്ളാന്റെ പേര് ഇപ്പ അള്ളാന്റെ കൊലക്കാർ തങ്ങളുടെ കൊലുക്ക് എന്ന് പറയുമ്പോ അവിടെ ഈ ബാക്കി അടപേണ്ട അതിപ്പോ ഉപ്പു പറയാൻ ഹെക്കിമത്തിനോടൊപ്പം നിക്കുകയും പോണം ഹെക്കിമത്തിന്റെ ലാഹിൽ ലാഹേൽ എന്താണ് അള്ളാഹുവിന്റെ കുലുക്ക് എന്ന് പറയുമ്പോ ബാത്തിന്റെ കടത്തിലേക്ക് അന്ന് മുന്നോട്ട് പോയി പോയ ലാലിൽ നിന്ന് എന്താ കുർഹാൻ എന്നത് നമ്മളെ ബാഹിലേക്ക് ഒന്നാമതല്ല ബേരാണ് ഈ ബേരുവനുസരിച്ചാ തങ്ങളുടെ ജീവിതം ഇന്ന് വന്നാലും ഈ ആലമിലേക്ക് ഇറങ്ങി വരുത്താൻ ഇരിക്കുമ്പോൾ മറ്റേ നമ്മൾ ആ കുതിരത്തിലേയും വാപ്പലിനെയും കടക്കിലേക്ക് പോകല്ല അതും വേണ്ട ലായന് മുന്നിൽ സംസാരിക്കും അബിതാകുന്ന മർപ്പകനോട് യോജിക്കുന്ന നിരക്കുണ്ടാക്കി ആയിഷീമൊഴി കൊടുക്കും പറഞ്ഞത് ചേർക്കപ്പെട്ട അഖിലാക്കിലേക്ക് കറങ്ങാക്കി ഓർത്തികടിപ്പിച്ചു മസലാമ തങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും അംഗീകാരത്തെ അദ്ദേഹം ഇങ്ങനെ തുടങ്ങി ഔസാഫ് ഇന്ത്യ എല്ലാം സമാന തസിച്ചിരുന്നു കാരണം നമ്മുടെ ചതുക്കത്തിന് ഒരു ചെറിയ വിദ്യാഭ്യാസം പണ്ട് നമ്മളൊരു പറഞ്ഞ് നമ്മളെ ഒരാളുടെ പാടുമ്പോൾ അപകടത്തിൽ ഉണ്ടാക്കുന്ന മനസ്സിന്റെ ഒരാണി കത്തനതാ അത് ചതുക്കത്തിൽ എന്താണോ പ്രധാനമന്ത്രി കേര കുട്ടി തീനടുക്കിലേക്കൂടി പോകുമ്പോ തീനടുക്കിലേക്ക് പോകുമ്പോ മനസ്സല്ല ഒരു പത്രാണോ അത് ശപത്താന്ന് പറഞ്ഞു അത് അഹമ്മദിനാൽ ഉണ്ടാക്കിയിരുന്നു ആ മക്കാനായിരുന്നു അശപഹൻ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശപാഹത്തുടിയവരാണ് തങ്ങളോട് സി ഹാബിഹി അസ്ലാഖിന് വെച്ചത് അപ്പ തത്യമാണെന്ന് പറയേണ്ട اصْبَحَ الرَّانِ فِي تَفَلُّقِ بِخُلُقِ النَّبِيِّ صلى الله عليه وسلم ثاني ثاني مرتبہ প্রতরণ রবહુযুদعو رব্বهم يدعون بالغداۃ والعশীই انما يدعون ربهم اننا غير تقدير عندنا اشاء ربي اذ كانوا يصدقون الى الله تعالى दट কউলিকে কানে এবারে പറഞ്ഞ কোডটি হাকিকি ইরে হাকিকি আদে হাকিকি সাহাস সুপস্থিত হাকিকি പറഞ്ഞത് ബക്കാ തങ്ങളെ നസ് കടഞ്ഞു വെക്കണം ഇതോടെ മുട്ടുപോകാൻ പാടില്ല ആരോടൊപ്പം നാലരീനാണ് ഒരു അത്മാഭിമാനോടൊപ്പം ും ആ അസഹാവിമാർ വബ്ബിനോട് ദ്വാരുന്നവരാണ് അദാർഥനും അശീയിലും രാവിലെ വൈകുന്നേരവും ഇടിയൂന വചനവും അമ്മാവിന്റെ വചനം ഉദ്ദേശിക്കുന്നവരാണ് അവര് ഇഷ്ടമാണ് അവർ ചെയ്യുന്നത് പല തങ്ങളുടെ രണ്ട് കണ്ണം അവർക്കുണ്ട് തെറ്റിപ്പോ അല്ലെ ശ്രദ്ധ അവർക്കുള്ള തന്നെ വെള്ളം അവരുടെ അപ്പോ ഈ ആഴത്തിൽ പറഞ്ഞതാ ഇത് ഓന റബ്ബവും ഇത് പതാത്തല്ല എപ്പോഴാ തങ്ങളോട് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ ടി ഈ ആ കിറങ്ങാനുള്ള കാരണം അന്നൽ കുപ്പാ കുപ്പാണിങ്ങൾ ഇപ്പോഴത്തെ കുറച്ച് വലിയ പോരാക്കന്മാർ വന്നിട്ട് പറയുന്നു ലാൻ ഇറങ്ങാൻ ആളില്ലാറില്ല ഈ പാളങ്ങളോടൊപ്പം നിങ്ങളെ കൂടെ വന്ന് സംസാരിക്കാൻ നമ്മൾ കഴിയാറില്ല ഇവിടെ പാടങ്ങളായിട്ടും ഉടുക്കാൻ വസ്ത്രം പോലും ഇല്ലാത്തോണ്ട് ഇവടെ അവഗണിച്ചളഞ്ഞു പോരാട് ഉണ്ടാവുമ്പോ നമ്മൾ വരില്ല അതെന്താ പാറീസ് എന്നാടി മനസ്സിൽ തോന്നി പോയി മജലീസന് അവർക്ക് പ്രത്യേക ഒരു മജ്ലീസൻ ഉണ്ടാക്കാൻ ആ അവസരത്തിൽ അപ്പൊ അവരില്ലാത്ത മജ്ലി വേറെ മജ്ലീസ് വെച്ച് ഡിപറിയാക്കാൻ തൽക്കാലം മാറ്റി നിർത്താന്ന ഇവര് ഇത്രമേലേക്ക് വന്നെങ്കിൽ അത്തരം കാര്യമാണല്ലോ പോയത് ഇവർക്ക് പൊക്കറാജ് ഇത് തിരിഞ്ഞുപോയ ശേഷം പൊക്കറാജ് വേറെ മഞ്ജലിസാക്കാൻ ആറ്റൂല അത്തരക്കിവർ മറങ്ങോട്ട് വരണ്ട ഈ ബസ്തി സംസാരിക്കാൻ വഴി കാട്ടുന്നാളെ വരണ്ട തങ്ങളെ ചെറുതീവി തന്നെ ഓണം മറ്റൊരു വികസിക്കണ്ടാകുന്നു ഓറവയെ പോട്ടെ ഓർക്കിവര് വരട്ടെ ഇത് ഒന്നാമതില്ലായ അപ്പോഴാണ് ആ ചിറങ്ങിയത് ഇപ്പൊ എവിടെ തങ്ങള് തെറ്റ് ചെയ്തു അള്ളാഹ് വികസിച്ചു എന്നല്ല ഇതിന്റെ അർത്ഥം അതാവോ പാലഭാഗവും മഹാന്മാര് പറഞ്ഞാദ ഇത് വസ്തു അർത്ഥക്കാരെന്ന് പറഞ്ഞത് ഈ കൽപ്പന തങ്ങളിൽ അവൾ എന്ന കാലത്തിന് ഓടിയിട്ടല്ല ഇർഷാദിന്റെയും തർക്കീയത്തിന്റെയും ഇർഷാദാണ് അമ്രെറ്റീഗിന്റെ ഭജനൻ അമ്രല്ലത് അതുപോലെ തർക്കീൻ തർബി തറക്കീന്ന് നെഹീമാണ് എവിടെയെന്ന് വല തല തഹത് അതിനകത്താണത അവിടെ നെഹിന്ത വല തന്നീനാണ് മണ്ണുണ്ടല്ലോ അവിടെ ആട്ടിപ്പാത്തു എന്നല്ലാതിന്റെ അർത്ഥം മറ്റോറി കടന്നു വരാം ഇതൊരു തർത്ഥമാകാൻ കണ്ട തൽക്കാലം നിങ്ങടെ മറി നിൽക്ക് ഓരോ സ്റ്റേഷനിലേക്ക് ഇവിടെ വരാം എന്ന് വച്ചാലോ അതെന്താ ഒരു കോമന്റി മാതൃകയാകണം ഒരു കോമന്റി മാതൃക അപ്പൊ പാദങ്ങൾ എന്ന് പറഞ്ഞ ആട്ടലോ കുടിക്കലൊന്നും ബ്രൂല അവിടത്തും അറങ്ങിക്കാൻ ഒരു തെളിവായി ഹിജ്ജസ് തന്നെ ഒരു കൂട്ടർ ഹിജ്ജത്വാണ് എരി കോമി ആര് പത്തീറന്മാരുണ്ടാ മെമ്മരുല്ല എന്നെ ഇവൃങ്ങാട്ടി വരുന്നാട്ടാന്ന് വേണ്ട ആ നെമോളാണുണ്ട് അംഗീകരിക്കാൻ പോകുന്നില്ല കോർക്ക് എതിരായിട്ട് ഒരു കൂട്ടർക്ക് അനുകൂലമായിട്ടും വേറെ കൂട്ടർക്ക് പ്രതികൂലമായിട്ടും വിജത്ത മഹാകാ ഇത് ഇതുപോലെ തന്നെ മാതാപിതാക്കന്മാർ ഗുണം ചെയ്യുന്നൊരു ബോർ ഉണ്ട് ആ ഓനെ വിരോധിക്കുമ്പോഴേ അതിൽ അപ്പോ സംഭവിക്കല്ലേ നടന്നു പോകുന്നവർ പറഞ്ഞില്ല അതായത് അവര് ഗുരുപോ അല്ലേന്ന് പറഞ്ഞല്ലോ ആ ബരാമോ താമലീന അവിടെ സദ്യത്തിന്റെ വിഷയത്തിൽ അത്തവും ഔപ്പയും എപ്പോഴും ആളാകണം വലുതീ ജമാന ഏതാ സഹബുസ പ്രസാദ് സാബി ആ ജമാനത്തിന്റെ കഥരന്റെ ില്ല അവർ അവഗണിച്ചുകൊണ്ടൊരു പരിപാടി വേണ്ടാം തങ്ങളെ ചെറുപ്പം അവരെ കൊണ്ട് രയിക്കണം എന്ന് വെക്കണമെങ്കിൽ അവർ പോകാനുണ്ടല്ലോ മഹത്തായ മഹ്തിഗ്രഹമായ കാര്യങ്ങളാൽ അവർ ഉള്ള അവസ്ഥയും അമ്മാവൻ ആദരിച്ചു വൈകി അലഹിക്ക് പറഞ്ഞവെല്ലാന്ന് അമലി വരാവില്ലല്ലോ അവരെല്ലാം അമ്പ ഈ വരുന്നതിന് മുമ്പായാലും പുഷ്പഭാഗവും ശേഷമായാലും ശരി ഇവരവഗണിക്കുന്ന ആട്ടനെന്ന് തങ്ങളുടെ പരിപാടി ഇല്ല അന്നാ ഹുബാനനും ഒറ്റ വിഷയിപ്പിക്കുന്ന യൂനത്തിൽ അവർക്കെന്താക്കിയിട്ടുണ്ട് പുസ്തമാ എന്ത് പുസ്തം റദാത്തിനും അശീലും അവർക്ക് അന്നാന്റെ വജീനെ കാണിച്ചുകൊണ്ടാണ് അണിയെന്നും പറഞ്ഞിട്ടുണ്ട് اولا ثم انه ما وصفهم به اول الله تعالى وصفه انه مولاهم موليا ما طلب ان امين الدعاء بالغربه والحسي غربه الحسي دعركن الامر ادتن غير محللين باللته واللته كانوا പറഞ്ഞുകൊണ്ടല്ല يريدون وبما نجيണ്ടിണ്ടി മാത്രം ഇന്നാണെന്നുണ്ടിന്നാണെന്നുണ്ടിവർക്കുന്നല്ലാവർ ഇതി يريد ഒരു പ്രത്യേക കാരണത്തിന് കാണും നമുക്കൊണ്ടല്ലാത്ത ഉദ്ദേശമില്ലാത്ത വാഴ ഇല്ലത്തും അവിടെ ആ ഗുമായിരോ ലിക്കലോ ഒന്നുമില്ല അതിനപ്പുറം ും അതിന്റെ കവറേതാ പൈരും സുമ്മമാസപ്പഹും മുഹുത്തതല്ലേ നോക്കുന്നില്ല സുമ്മമാസപ്പവും മുഖത്തതയല്ലേ ആ മുക്ത കവറേതാ അന്നാ വസ്തു പറ അവരുടെ വസ്തു പറഞ്ഞ ഒന്ന് എന്റെ വസ്തു രാവിലെയും വെയിന്നേരം ചെയ്യുന്നവരാണ് ആ വസ്തുവാണ് അതിന്റെ ദൈവം അല്ല അതിൻ്റെ ഇല്ലാതിൻ്റെ ഒന്നും കാരണം ഒക്കാത്വ കാണും ഒരു ഇല്ലാതുമില്ല സിമാ ഇറാദത്തി വജി അതാ يريد وجهഹവോദ അപ്പോൾ അല്ലാഹുവിൻ്റെ വജിന ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ആ മാഗീബദാത്തി മുക്കദ്സ അല്ലാഹു അജ്മലി ഫദ്ദി അറിയൽ എന്നതല്ലാതെ വറുന്ന ലക്ഷമില്ല ആയി ലാ യഹൂന അദാബ ബി സവാബ ഗറ്റനോ എന്നുള്ള ബോധി വറക്കൂല ولا تعتقدوا انهم مرجئه وقولهم مرجئه وهم نيغل قد ما نورقوا ينجل الله وجهه ماستر وفي هذا كله اي طيبه قد لما قدوم تحققت في صوفيه رضي الله وتحققت في كنونار خرجت لها مبتو الا صدقنا في الصوفيه لا والله الله وجهه ماستر انما وصف الصوفيه قد ما قلتوا ما يديكونوا ഇവർ അതിനെ മനസ്സിലാക്കിയും കൊടുക്കൽ നിന്ന് ഇവർ ബഹുമുലീതെടുത്തതാണ് തങ്ങളുടെ ജീവിതം നോക്കിയിട്ടാണ് ഇനിയും ഇത് പാറപ്പെടുത്തുന്നത് തങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് തികവല്ലേ ഒമാക്കാണ് അന അതുപോലെ തങ്ങളെ അവർ എന്തേലാണോ തങ്ങളെ അറിയിച്ചു കൊടുത്തത് അതിൽ നിന്നിവർ വിളിച്ചെടുത്തതായത് നിന്റെ മഴവും നിന്റെ വധി ദേവാലയത്തിനും നമുക്ക് തന്നെ വളർന്നും തരണ്ട ഹസനത്തൊന്നു പറഞ്ഞാൽ ഇന്നത്താണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും നല്ലതാണ് നന്നേ തന്നെ ഏറ്റവും നല്ല അത് തന്നെ ഒപ്പില്ല എത്തോ എന്ന് പറയുന്നത് ആരാവിനോ കാത്തോന്ന് കാണും അതെച്ചിട്ടില്ല നഗരത്തിൽ പോലും നിക്കാൾ കാണില്ല അത് ലിക്കാൾ കാണാൻ ഉണ്ടാക്കണ്ടരം എനിക്ക് ചെറിയ വച്ചില്ലേ ലിക്കാൾ നരക്കത്തിൽ കാരണം അവർപ്പതി തന്നെയെന്ന് അറിയില്ല എന്റെ തീരുമാനം നിക്കാൾ സ്വർഗത്തിലായിപ്പോ നരകത്തിൽ വെച്ച് നിക്കാർ അയക്കാന്ന് വെച്ചാൽ നമ്മുടെ നരകത്തിൽ തിരഞ്ഞെടുത്തല്ലോ അറിയുന്നത് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് കഴിഞ്ഞത് നോമ്പ് ഇക്കാണെങ്കിൽ നിന്റെ ലിക്കാവിനെ വെച്ചത് നിന്റെ ലിതുവാനും നിന്റെ ഇക്കാവും വെച്ചത് അരകത്തിലാണെങ്കിൽ നമുക്ക് നരകം താങ്ങാൻ തന്നെ പറയും അതിനെ പോലീസിന് കഴിഞ്ഞ കുറവില്ല ಮದು ಕೊನಿಗೂ ಅصحاب ತುಪದನ್ನ ಸಹಾಬಿ maar Rabi Allahu Allah marisittende mukavala ishari sarainne muktala matlab Allahu binna rasuluddin amram reheema antha sarai idendina kalpisithu idendina virodhichithu adu lakshe endanu adu orthu riki manasilakida adu lakshathirenu lakshyam bichonda enna oru balathu undu no model kithina no model kithinu vallathum tatthapona avara അപ്പൊ നോമ്പെന്ന് മാറ്റാൻ അമ്മ അന്ന് മുത്തത്തിയ മുത്തത്തിയാവാ നോമ്പ് ഒരു പൊട്ടിനടക്കിനല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ മുത്തത്തിയാകാൻ മാത്രമാണ് നോമ്പെന്ന് നോക്കരുത് നിക്കിരിക്കുന്നതിനാണ് ബാക്കി മിസ്സാ തന്നെ നിക്കിരി അള്ളാൻ നോർമക്കൊണ്ട് നിൽക്കണമെന്നാണ് അപ്പൊ നിക്കിരിക്കണം ഈ കത്തിയാ അള്ളാൻ വരാൻ പാടില്ല ആ ചിറന്റെ മുക്കനമൊക്കെ എതിരാണ് അന്ന് ചിറന്റെ അമറിന്റെ ഐന്റെ മുത്തൾ എന്താണോ അതൊരു ശരിക്കും മനസ്സിലാക്കി അതിന് െന്ന് പറഞ്ഞാൽ പറക്കം ജംഹാൽ തുഞ്ഞാബിനോടുള്ള താല്പര്യമാണല്ലോ പറക്ക എന്ന് പറയുന്നത് ജംഹയുടെ നേരമാണ് അള്ളാവിന്റെ താല്പര്യം അപ്പൊ തുഞ്ഞാബിനോട് നല്ല ബന്ധവും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം രണ്ടാവശ്യത്തിന് വേണ്ടി അതിനോട് ജപിച്ചുണ്ടി മാത്രം അപ്പൊ ഭട്ടണം കഴിക്കുകയാണെങ്കിൽ അള്ളാഹുക്ക് വേണ്ടിയുള്ള ഭട്ടണം കഴിക്കൽ കാർട്ടിക്ക് അവൾ കല്ലാത്തി പോകുന്നുണ്ടെങ്കിൽ ഇല്ലാത്തലാക്ക് വേണ്ടിയാണ് ഇത് പോയിട്ടില്ലെങ്കിൽ അള്ളാഹ് നിൽക്കുന്ന കോട്ടമ്പുരം നടത്താക്കി അവൾ കണ്ടാസിൽ അച്ഛൻ ജീവിന്റെ അതും അന്നാമത്തെ കാലത്ത് വേണ്ടി അപ്പൊ പറത്തിന്റെ അങ്ങെല്ലാം പരിപാടി ഉണ്ടോ അതെല്ലാ വെള്ളിന് വേണ്ടി അയനുജമ്മ വേണ്ടി മാത്രം അങ്ങനെ അർത്ഥം മുസ്തീഫ് കൊറിയും പറയും എന്താ പറയുന്ന എളുപ്പമുണ്ടാകും ഓരോ പറയു ബന്ധമുണ്ട് പക്ഷെ പറക്ക് നമ്മളി ജെല്ലേ അയനു ജമ്മിന് വേണ്ടി മാത്രം പുറത്ത് പുറത്തായ തലത്തിൽ കൂടിയാവുമ്പോ അതിന് സമാപിക്കുന്നു പിന്നാവിന്യ പന്ത്രങ്ങൾക്ക് പുറത്തു എന്ന് പറയില്ലേ അന്നാമ ബന്ധത്തിന് എന്താ പറയുക ജമ്മു എന്ന് പറയില്ല അപ്പൊ പൊറക്കിനെ അവർ ആക്കി മാറ്റുന്ന ജമ്മീന് വേണ്ടി ചെയ്യും വിളിച്ച് മുത്തലയാ അന്നത്തെ മത്തുരൂപതിനെ മത്തുരൂപന്ന അപ്പൊ ഷറ എന്താണോ ഇവിടെ തേടിയത് ഈ കൽപ്പന ഈ കൽപ്പനയിൽ കൂടെ മുക്കളെന്താ അതാണ് അവർ പങ്കു ചെയ്തു കൊടുക്കുന്നത് ഗുരു ചടങ്ങ് നിർവഹിക്കാന്ന് മാത്രമല്ല മൊത്ത أبت الله دينه وإنه وردك لم تشويك وانجين أي طلبه و الشرعون وردان و الشرعون وردان بالتفكى ما شرعه الله للإمام بهم لأحكام الله سبحانه وتعالى أبنى عدم قلت لأحكامنا لأن الله قد ورده شب على نفسه إنشاء رحية لأي شرعك ورده والفرق أولى قصير الفرق لعين الجرعين وردان اي فرق وردان لسوفيت والكال സുഹൂദിനെന്ത് പറയും പുറത്തു എന്ന് പറയും ഹക്കല ചെയ്യില്ല ജംഹ എന്ന് പറഞ്ഞാൽ അതും അപ്പൊ തലം അല്ലേ ജംഹൻ എന്താ സുഹൂത്തിൻ ഹൽക്കിന്റെ സുഹൂദ് അവിടെ ഉണ്ടാകും ഹത്തിനോട് ചേർന്നിട്ട് അപ്പൊ ബിരാഹത്തിൻ എന്ന കയ്യില് കണ്ടോ പർക്കും ജമ്മു ജമ്മീ വ്യത്യാസം കണ്ടാവുന്നു ബർക്കിൻ്റെ സുഹൂദ് ജമ്മു ജമീൽ അവിടെ വെച്ചില്ലേ മോശാ ഈ പറഞ്ഞ സുഹൂദ് ഖൽക്കടാവുന്നില്ലേ പക്ഷെ ബർക്കടുന്ന വ്യത്യാസം ബിലാഹക്കിന് അപ്പുറം ബിഹക്കിന്നാണെന്ന് ഹക്കഅണ്ടാവും ജമ്മു ജമീൽ ഉണ്ടാവില്ല ബിലാഹക്ക് അപ്പൊ ഈ ജമ്മോജിയ നേതാവി ബക്കായികളെ ജമ്മോൾ പറത്തെ ചെറാത്തല്ല അവർക്ക് താനെ ഉദ്ദേശിക്കുന്നു അവിടത്തേക്കാണ് ആ മാന ഒക്കൂലല്ല ൂടം പാടാ ജമ്മുൽ ജമ്മുണ്ടായിരുന്നു ഞാൻ സമഞ്ഞിപ്പിച്ചുപോലെ ദുഞ്ഞഅ അതിന്റെ അരികാർക്ക് അവർ വിറ്റുവിടഞ്ഞു വങ്കത്തോ ഇതായി മുഴുവനുമായിക്കൊണ്ട് പുല്യ സ്നേഹം കൊണ്ടും മനസ്സുകൊണ്ടും അള്ളാഹുവിനെ കൊണ്ട് അവർ അപ്രകാരം ആക്കണം എന്നവർ മനസ്സിലാക്കിയവിടെ നാം ഈ മസുലൂബാറിന്റെ മസുലൂബാത്തിൽ നിന്നാണ് ഷെറൈന്റെ താൽപര്യം അങ്ങനെയാണ് ഒരാത്ത മുത്തൻ നൈനൈക്കില്ലാമോ മൊത്തീ അസ്വാദം കുഞ്ഞാവിൽ കുറെ കെട്ടിനാക്കപ്പെടാൻ വേണ്ടി എന്നല്ല വർണ്ണപൊക്കെ പലതും പലതും കൊടുത്തിട്ടുണ്ട് അതിനകത്തൊന്നും നിങ്ങൾ കണ്ടിട്ട് നോക്കല്ലേ അങ്ങോട്ട് നോക്കണ്ടേ എന്നല്ലേ പറഞ്ഞു ചെറൈന മുപ്പുള്ള അങ്ങനെയാണ് അതീം വേണ്ട ഇത് കരു തമിഴോ കലാമ റബ്ബിയും റബ്ബിന്റെ കലാമവരും കേട്ടു അതീതുകളും കേട്ടു നന്നാക്കുന്ന വിഷയത്തിൽ ആക്ഷേപിക്കുന്ന വിഷയത്തിലും അതുകൊണ്ട് ശോതാവന്റെ വിഷയത്തിലുള്ള വിവാദ വിവാദത്തിന് വേണ്ടി ഒഴിഞ്ഞു തമങ്ങാടുത്തോ അതിന്റെ മധിന്റെ വിഷയത്തിലും അവർ ആയത്തുകളും അതീതുകളും കേട്ടു ം ചെയ്യുന്ന വിഷയത്തിലുമുള്ള അമ്മാഹാനഘുബോട്ടെ തയ്യാറാക്കി വെച്ച എന്തെല്ലാം നിയമത്തിണ്ടോ അതെല്ലാം അവർ ചെറയിൽ കൂടി മനസ്സിലാക്കി തലങ്ങളിൽ അവർ അത്ബാബിനെന്താക്കി ഒഴിവാക്കി അവർ അതിനൊഴിവാക്കി തജലീഡ് തജലീട്ട് കൊണ്ടവർ മുഖപ്പിടിച്ചു അക്യാക്കറുടെ മാർഗം ഏതാണ് തജലീതപ്പിടിച്ചു ഇതിനവർക്ക് പിന്തുണയ്ക്ക് എന്താ ആയത് കൊണ്ട് അജീത്തുള്ള തങ്ങളും അപ്പൊ पर्कूलो आर्कने जमीन वी मुड़ू एमस असुबा शुहलाो अनुमें आवश्य वाकुतु अवड़ा पोस बंदे विचुद अत्री उपयोग അപ്പൊ മറ്റ ബന്ധം വട്ട തജിനീതിൻ്റെ കാര്ക്ക് ആ മാണിയൊക്കെ ഇനി അസ്ബാബിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ടല്ലോ ഇറങ്ങുന്ന ആളുണ്ടാക്കും ഇറങ്ങി ആ ഇറങ്ങൽ കഴിഞ്ഞ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടുള്ളത് നോക്കണം രണ്ടർത്തും കൊടുക്കാം ഈ അസനാബ് സമ്പത്ത് രണ്ടു കൂട്ടറിയില്ല ഒന്ന് തനിത്ത തജരീതിന്റെ ആളും ഉണ്ട് അസ്തുബാബ് സ്വീകരിച്ച ചുരുക്കഞ്ചും രണ്ടാമത് വ്യക്തി സമ മറ്റ അസ്ബാബിലേക്ക് അതിനൊരു ജമ്മിനെ ഉണ്ടാക്കിയാക്കി പുറത്തിന് ഉപയോഗ സമയം കൂടി അയൽ ജമ്മിനോട് വേഗപ്പെടുത്തിയപ്പോൾ നമ്മൾ കരിപ്പിച്ച് മാത്രമായി എല്ലാ പുറത്തിനേക്ക് ബന്ധപ്പെട്ട ആളുകളുണ്ട് ആ ബന്ധപ്പെടനെ വളാക്കിയതിനെ അയിനൊരു ജമ്മിനെ സഹായകരമാക്കി മറിച്ചിരിക്കുന്നു ഇപ്പൊ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിന് വേണ്ടി അന്നാവുമായി ബന്ധപ്പെടുന്ന ആവശ്യത്തിന് വേണ്ടിയല്ല കച്ചവടമായി അറിയില്ല ശരിക്കെന്താക്കും അതിന്റെ അക്കും പാത്രം ഒക്കെ ഛർദ്ദിച്ചു മലയാളം ഹറാമോ ചെറുതിച്ചു അത്തവും തൂക്കം തന്നെ ഛർദ്ദിച്ച് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് അതൊക്കെ ചെയ്തു ഗവൺമെന്റ് കാര്യം നടത്തി നീനെ സഹായിച്ചു കണ്ട അയൽ ജമ്മിന് വേണ്ടി ഒരു അത്തോടെ ഉപയോഗപ്പെടുത്തി തീരെ വേണ്ടെന്ന് വെച്ചാൽ ആ കൃത്യസമയം അയൽ ജമ്മീൻ ആ കാലം ഒന്നും തന്റെ നടത്തുന്നുണ്ട് അസ്വാമിലേക്കുള്ള സ്വഭാവിലേക്കുള്ള നോട്ടം ജമ്മു ആണ് അപ്പൊ ഇതെന്താ ഇപ്പൊ ഗൗരവം അതുപോലെയായി ജനങ്ങൾക്ക് കൊറേ അസ്വാഭാവം ഉണ്ട് ഇപ്പം പല തരത്തിലുള്ള അസ്വാഭാവം എന്നാ സഭം അമ്മക്ക് സഭമുണ്ട് അതിന് അസഭവനം തത്വ സ്വഭാവം ഹിമാനത്തത്വമാനത്തെ സാധാരണ അന്നത്തെ സഭപ്പല്ലല്ലോ അതായത് അയിനുറ്റം അപ്പൊ അമ്മക്കെല്ലാം സഭ ഹിമാനം തത്വൻ തന്നെയാണ് എല്ലാവർക്കും അറിയണേ നമ്മളെ കുറെ യുവൻ മതിയായിക്കോളൂ അപ്പൊ ആ നിലക്കുള്ള ഊപ്പറൊണ്ടുപോയത് അപ്പൊ വിമാനത്തിന്റെ വാതിലടുത്തേക്ക് എത്തിയ ഒരു കമ്പ്ലീറ്റ് അതീതി മത്തന്നവരാണ് എന്നാലേ മുമ്പ് പറഞ്ഞു നോക്കൂണം അത്മാവു തീരെ ഇല്ലാത്തേക്കാത്തിനും തത്വയും ആദ്യം ജോലി കിട്ടുമെന്നാൽ ചില ജയിച്ചിട്ടുണ്ടായിട്ടാ ഏതെങ്കിലും അഹലുകൾ പുറം ആക്കി ആ പനോ ഈമാൻ മൃഗപ്പിടിച്ചു മൃഗപ്പിടിച്ചാൽ ഭത്തേം വറക്കാത്ത വിദഗ്ധമായതല്ലവരുടെ ആകാശ ഭൂമികളിൽ നിന്ന് അവരെ വറക്കാത്തിന്റെ വാതിൽ ഞാനും തുറന്നു കൊടുക്കൂല്ലോ കിപ്പാത്ത വന്നോണ്ടിരിക്കുമല്ലോ അമല പാത്രം പക്ഷെ വരാത്തി പക്ഷേ ആ അതവരാ ിട്ട് ഇത് ഉറപ്പ് ബോധ്യം ചെന്നില്ല നമ്മുടെ ഉറപ്പ് ഓർമ്മ എത്തിക്കട്ടെ ഈ മാനം ഇത്തപ്പോ നമ്മൾ വെച്ചു ഈ തവപ്പിൽ തന്നെ തിളങ്ങൂന്ന് പറയും ഉറപ്പിലാണ് നമ്മളെ സംഭവം ആ തവത്തിൽ തന്നെ നമ്മളെ തുണകൂ അതല്ലവർ ഞാൻ പറഞ്ഞില്ലേ ഈമാനത്ത മുറുകൾ പിടിച്ചോ ആകാശത്ത് ഭൂമിയിൽ നിന്ന് ഭർത്താവ് സോക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ആ മറക്കുന്ന നമുക്ക് വയ്ക്കട്ടെ നമ്മൾ മുത്താലില്ല അഞ്ഞക്കൂല ജാമ്യമ്മ ഹൈക്കത്തുമ്പോ ശരി രണ്ടും കൂടെ ജമ്മാക്കണം എന്നാണ് ഒറ്റപ്പള്ളക്കാരെന്നെല്ലാം രീതി ഉണ്ടാവില്ല ഒരുപാട് നോക്കുവല്ലോ അതിന് ശരി അപ്പൊ ഹൈക്കത്തും ശരിയത്തും മൃഗപ്പഠിക്കണം ജാമ്യമാക്കണം എന്ന് പറയുമ്പോൾ നമ്മുക്കൊരു തോന്നലുണ്ട് അല്ലേ അപ്പോ നിന്നെ അതിന്റെ അസ്വഭാവ ഒരുമിച്ചു കൂട്ടണം അന്നല്ലേ ശരീരത്തെ മാറ്റി ഇപ്പുറ ഒരുമിച്ചു കൂട്ടണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് ആരൊക്കുന്നില്ല ഈ അസാഗുസ്തപ്പൊക്കില്ലല്ലോ അസാകുസ്തപ്പത്തിനെന്തില്ല അത്മാവില്ലല്ലോ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടാൻ മാത്രം തൂങ്ങിനല്ലേ വരിക അതിനോട് വ്യാഖ്യാനം കൊടുക്കുകയാണ് അതിനെ ശരീരത്തിൽ ശരീരത്തിന്റെ ഇടയിലും അവരുടെ അറ്റക്കത്തിനോട് ഒരുമിച്ചുണ്ടെന്ന് നമ്മൾ പറയുന്നു നാടന്മാരെ ശരീരത്തിന്റെയും നാടന്മാരെ അറ്റയ്ക്കത്ത് ഒരുമിച്ചുകൊണ്ടോന്നല്ല നമ്മൾ പറഞ്ഞിട്ട് അർത്ഥം അച്ഛനാപിമാർ ആ വിഷയത്തിൽ നിന്ന് എന്ത് ശരീരത്തിൽ തജരീദ് അക്കബിയാന്റെ ശരീരത്താണ് അപ്പൊ തജരീദിന്റെ അടിയിൽമിച്ച് അർത്ഥം കിട്ടില്ല അകതിന്റെ കടമ എന്താണ് ശരീരത്തിന്റെയും അക്കൈക്കത്തേയും ലഭിച്ചുകൂട്ടണം അല്ലേ അസഹാഭിമാരിയായ അഖിൽ സ്വപ്നത്തിന്റെ അസ്ബാബോ ഇല്ലയോ ഇല്ല നമുക്ക് സ്ഥാപിച്ചത് അപ്പൊ നാഹി ഓക്കില്ല അപ്പൊ അസി മാത്രം വന്നല്ലേ അർത്ഥം കിട്ടുക അത് അങ്ങനെയല്ല പറയുന്നത് ശരീരത്തിൽ ഹവാസിന്റെ ശരീരത്തിന്റെ ഇടയിൽ ഹവാസിന്റെ ഹൃദയത്തിന് ഇടയിൽ നമ്മൾ പറഞ്ഞോന്നു അത് അസുഖങ്ങൾക്ക് ഒക്കുന്നുണ്ട് അല്ലത്തി എങ്ങനെയുള്ള ഹവാസിന്റെ ശരീരത്താണ് ലുഗുശ്ശരീരത്തി സാധാരണ ശരീരത്തിന് ലുബെന്നത് ഒരുപടി നിലോട്ട ല ശരീരത്തുല്ലാം അവാമിന്റെ ശരീരത്തിന്റെ ഇടയിൽ മിച്ചു കൂട്ടണം എന്ന് നല്ല അവാർഡ് നല്ല തീർച്ചയാണ് അത് പുറമേ ഉള്ളതാണ് ജാമ്യം അപ്പൊ ഇതായും അർത്ഥമുണ്ട് ഒന്ന് ശരീരത്തിൽ അവാം ശരീരത്തിൽ അവാർഡ് ഹക്കൈക്കോലോ അപ്പോ അകതിന്റെ കടമ ശരീരത്തിന്റെ ഇടയിലും ഹക്കൈക്കത്തിന്റെ പറഞ്ഞാൽ ഏതിന്റെ ഇടയിലല്ല ഇതിന്റെയും ഇതിന്റെ അടിയിൽ അർത്ഥം ഇതിന്റെയും ഇതിന്റെ അടിയിൽ വൈതാക്കാനും അപ്പൊ അങ്ങനെ ഒരുമിച്ച് മാഹിൽ അവരാരായി മൊത്തത്തിനല്ലേ അള്ളാഹൻ വഴിപെടുന്നവരായി മാറി മാഹിത്തു അള്ളറിയ കീഴുതുകുന്നവർ വരും ഇങ്ങനെന്താണ് ഇതേമല്ലാത്ത കാര്യങ്ങൾക്ക് എന്താകും അന്നെ കഹറാം ആ കഥറിന് കീഴുതുക മാഹി അമ്രണ്ട് ഈ അമ്രന് വഴിപ്പെടുന്നവനാക രണ്ടൊത്തൂലെ ഓ ليكونه داعيا للرب دا يدعوه الرب يدعوه بلغو بلغو يدعوه هونا يدعوه انا يدعوه انا رب يكون دي داعيا للرب داعيا للرب اه ابو يدعونا ده يدعوه نرمه برجمي لا ايه ويلا كانه ابو داعي كين انا لا وي ابو يدعونا انه جمعك انت عاوز لا يدعوه ده اللي بقوله അപ്പൊ ആ അടുത് റബിനോട് തന്നെ പിന്നെ ദ്വാരത്തിന് തീരുന്നു ഇങ്ങനെ ദ്വാരക്കൊന്നെല്ലാം പറഞ്ഞില്ല എന്തിനാണ് കിടക്കുന്നത് അത് ലിത്തോനി അപറാജിന്റെ വേറെ ലായറല്ല എല്ലാ കാര്യങ്ങളും അവന്റെ വക്കലിൽ നിന്നും അവനേക്കും അല്ലാതെ ആകുന്നില്ല എന്ന് കണ്ടേണ്ടി വരില്ല എന്നല്ലാണ്ട് ഇതുകൊണ്ട് മാറുന്നില്ല മാറ്റം വരുന്നില്ല ശരിയായ അപ്പോൾ എടുത്ത് കല്പിക്കപ്പെട്ട പണിയാകൊണ്ട് ും അതായത് അതും ഇരുമൊണ്ണാമതിയാക്കളുണ്ട് അതേ മൊത്തപിയാണ് ഇബ്രാഹിമലി ഇസ്ലാമിന് എല്ലാം കാണാനോ ഇബ്രാഹിം അലഹി ഇസ്ലാം എന്നാണ് ദ്വാരം കാണാം ബാലാളത്തോട് ദ്വാരഫിച്ചിയും കാണണം റൗസുല ഫീച്ചി മലായിക്കത്തോന്നില്ല അവർക്ക് എന്നിട്ടില്ല പറഞ്ഞ മക്കളിൻ്റെ അക്കയും കാണണം ഇന്ന് കുക്കിളെ കിട്ടണം എന്നല്ല ആരോപിക്കും അപ്പൊ വേറെ ദാരപ്പിക്കല് സ്വന്തം ദ്വാരക്കരു തീരെടാൻ ചെയ്യില്ല ഇവരെയും എന്നാൽ ചെയ്യണം നിങ്ങളാ ഓ എന്നാ പിന്നെ അന്നാരെ ആവശ്യമുണ്ട് അന്നാലെ പിന്നെ ഞാനും മാറി നിൽക്കാൻ നിങ്ങൾ ദ്വാരം പറയും ദ്വാരക്കും പറഞ്ഞാൽ അറിയാത്തവാരക്കുണ്ട് അത് ഹാരി പറയും അപ്പൊ മൂന്നു ആരും മൂന്ന് വിളയുണ്ട് അപ്പൊ ഒരു ഹാലത്ത് നിന്നിട്ട് ഒരു ഹാലം മാത്രം പുറത്ത് യാത്ര ആക്കിയും വേണ്ട മറ്റൊരു അഗ്നകാലങ്ങളിൽ വക്കേലും ജനിക്കാന് പേരെ പ്രത്കാപ്പിക്കണ്ടെന്ന് കളി പിടിച്ചത് ആ മക്കാമെത്തുമ്പോയും ആയിക്കോട്ടെ പിറക്കുപറായിട്ട് ഒന്നും പ്രധാനിച്ചിട്ടില്ലേ അങ്ങനെയാണോ രണ്ടും പോണം അപ്പൊ ഞമ്മ ഇബ്രാഹിൻ എഴുത്തലാമി ഏത് നോക്കാമെന്നെ അമ്മിന്ന് ഇബ്രാഹിൻ എഴുത്തലാമിന്റെ ഒന്നാം മക്കാമല്ലോ രണ്ടാം മക്കാമിലോ മൂന്നാം മക്കാമിനോ ഒരു മക്കാമേൽ നിന്നിട്ടില്ല ഇനി ഏതാ ഒന്നാം മക്കാവും ഒന്നാം മക്കാവുന്ന വേറെ വേദനവും അവരാന് പോക്കരുത് വ്യാദിപ്പിക്കരുത് എല്ലാം ഇക്കോട്ടെ പുറത്തില്ലല്ല ചോദിച്ചും പോയില്ലേ പൊണ്ടനായിട്ട് ആയി മഹ്മാരിയാത്ര കുഞ്ഞുണ്ടാവുന്നത് എന്തായാലും പറയുന്ന അജബരേ പറഞ്ഞില്ല വളർത്താക്കി നാടിനുള്ള അജപോരണ്ടി വന്നത് എല്ലാം കുതിരത്തിലേക്ക് കാലങ്ങൾ പുതരത്തിലേക്ക് മാത്രം നോക്കിയാണെങ്കിൽ അജബിന്റെ ആവശ്യമില്ലല്ലോ വിക്കുമ്പസിലേക്ക് നോക്കിയിട്ടല്ലേ ശാസ്ത്രവിരുദ്ധമായ ഒരു അവസ്ഥ അരവണിച്ചു വന്നത് അപ്പൊ നാഷൻ വിക്കുമ്പസിൽ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആത്മാവിനെ ദഹിച്ച് മക്കമാണ് കാണിച്ചു തീരെടൊമ്മ എല്ലാം കൂടെ പൊട്ടിട്ട് ജ്വരക്കുലർന്നു അഭൂ നിബന്ധത്തിൽ ആ അഭു എപ്പൊന്നു ഈ ആബ് നിൽക്കുന്നു അപ്പൊ ഹൈക്കൊണ്ടു അപ്പുറം എപ്പോഴും വന്നു ഓരോ വക്കത്തിലും എന്റെ കടപ്പാടെന്താണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പ എന്റെ കടപ്പാടെന്താ ആ കടപ്പാടെ അതിനപ്പുറം ഇപ്പൊ നോക്കണ്ട ആവശ്യമില്ല നമുക്ക് അത്ര ഉള്ളത് നോർത്തോ അപ്പൊ ശനിയാണ്ടത് കുതി ചെയ്തോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെന്തോട്ടെന്താ അന്ന് ആരും മോശം എന്തുകൊണ്ട് പരിചയോ അങ്ങനെ കൊണ്ട് വളങ്ങിച്ചോ ദോശ വന്ന് തോന്ന ചെയ്തു എന്താ അപ്പത്തുള്ള ഭക്തികളെ നമ്മൾ ഡ്യൂട്ടി ആ ഡ്യൂട്ടിയോടാണെങ്കിലും ലിക്കൗനി ഹി മത്തുലൂപൻ കാരണം നിക്കോനി ഹി അമതാണ് മത്തുലൂപം ഈ വന്നായി അമ്മാറഹബിന്റെ ഹിക്മത്തിന്റെ വന്നായിട്ട് കൊണ്ട് തൃപെട്ടവരാണ് അപ്പോൾ അവരാരായി അബ്ബാറുന്റെ കൗട നെയ്യാസന അമത് വയ്യാത്ത എന്ത്യല്ല ഓരോ മുഴുവൻ അന്തരണ്ട് അല്ലാത്ത കഴിയും കംപ്ലീറ്റ് രണ്ട് രണ്ട് ചിക്കുക ഈ ആക്കനാമത് കൊറേ ഞങ്ങള് വൃത്തം വയ്യാക്കനസ്ഥിന്റെ അടങ്ങും അടങ്ങി എന്ന് ആരും പറഞ്ഞില്ല പക്ഷേ ഇവിടെ ചെറിയ നമ്മളി ചെറിയടങ്ങും ഇയാക്കൻ ആകൂല വായ്പ വയ്യാക്കൻ എസ് അപ്പൊ നീ അസ്തജുരക്കും അയ്യാക്കൻ ആപുതനീ കാൻ എസ് അപ്പൊ എത്ര ല്ലോ ഇസ്താനിറ്റെല്ലാം കിട്ടണ്ടല്ല അവിടെ നിന്നും അവിടെ ഒന്നുമില്ല സുഹോദി അവിടെ ഉൽപറിൽ തന്നെ നിൽക്കുമ്പോൾ ജമ്മിൽ തന്നെ നിൽക്കുമ്പോൾ അത് തിരിച്ചും വരും അതെന്താ ജമ്മി അതാണ് ജമ്മും ജമ്മിനെത്തൊക്കെ വിജയപ്പെട്ടില്ല ജമി പുറത്തിനെത്തൊക്കെ വിജയപ്പെടാതെ കണ്ട് മറുതായും ജമ്മു പുറക്കിലേക്കോ അവർക്ക് ജമ്മിലേക്കോ ചാടിക്കിടക്കാതെ രണ്ടിന് വായ്പ പോലും അത് എന്താതാ എങ്ങനെയുള്ള അതിനെ കാണല്ലോ പുസ് ആ സാധു കുത്തിന്റെ വേറെ ഇച്ചിരി മണക്കൂടെ പറയും പറക്കിനെ എന്താക്കി അതിനൊരു ജമലിന് വേണ്ടിയാക്കുകയും ചെയ്തു ഇതിന് നാടി അത് ജോലി തോ ിഫിയോ എന്ന് പറഞ്ഞപ്പോൾ സുപ്പത്തിന്റെ ഹനികാർ സയ്യർ ഉൽ പർക്ക് അയിനൽ ജം ഈ പർക്കിനെന്താക്കി അയിനൽ ജമ്മാക്കി എന്നൊക്കെ ഏറ്റവും സന്താറ മുസന്നിപ്പറയുന്നു എത്ര തപു ഹരഹി അതിനാ തറുപ്പുപാകുന്ന കാര്യങ്ങൾ എങ്ങനെ പുറക്കിനെപ്പിച്ച് അനുജം ആക്കിയാൽ എന്താണ് എന്തെല്ലാം സംഗതി പുറത്തുണ്ടാകുക അതാ പറഞ്ഞത് നമ്മൾ രണ്ടർത്ഥം കൊടുക്കണല്ലോ ഒന്ന് മറ്റുള്ള ആളെല്ലാം പുറത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ സമയം മുഴുവൻ അനുജമ്മ പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം കൊടുത്തത് മറ്റൊന്ന് പുറത്തിനേക്കിറങ്ങിയാ തന്നെന്താകും അത് ജമ്മിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അറ്റവധി രേഖ നിർക്കേണ്ട കൃഷിയിലാൻ നിർക്കേണ്ട എല്ലാം ജമ്മിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അതിനൊക്കെ ഇല്ലാത്ത അതിനുവേണ്ടിയിട്ടില്ല അdirname torannundaganna karyangal kadu khara juhul illi yumk tasbu papn nasubi inlaihim yunsabu Allahu subhanahu wa ta'ala ivare porappettirikkiana ammat tasbu avar sambhadichundak entellam undo adinattu ellam ammaletil kittiyum ammili allahu kottella avuthama kiyum minalden oorile ഏവിലേക്കത്തിന്റെ സ്വത്ത് അപ്പം തന്നെ എടുത്തു കൊടുത്തു എല്ലാത്തിനെ പേരില്ലോ അങ്ങനെ പോവാൻ ഒറ്റ ലേവിലച്ച തെളിവാക്കിയത് ടാമിൽ നിന്ന് കഷവടത്തിന്റെ ലാഭം വന്നിട്ടുണ്ടോ ലേവിലച്ചപ്പോ നേരമ്പളത്തിനെ ഉറക്കി കാത്തിരുന്നു ഉറക്കം കിട്ടാണ്ട് ഇങ്ങനെ അറിയിച്ചോണ്ടും കിഞ്ഞോണ്ടും പോയിക്കോണ്ടും വന്നോണ്ടും നീലമ്പുളത്തെ ഉടനെ എല്ലാം കമ്മിറ്റി തീർക്കും എല്ലാ സൂപ്പിയും യുസഫ് ഇലേഹിം അവരെ കൊള്ളെയാണ് ഇസ്ബ ചെയ്യപ്പെടേണ്ടത് എന്ന് പറഞ്ഞു കാട്ടിലെ സൂപ്പി എന്ന് പറഞ്ഞ സൂപ്പിയല്ല സൂപ്പി ആ സൂപ്പിക്കല്ല സംശയിക്കേണ്ട സുപ്പത്തിന്റെ അഹനികാർക്ക് കാലത്ത് കടം നട അവർക്ക് മുതലുണ്ടായിരുന്നു അതൊക്കെ പൊറക്കാമല്ലോ മൊതലി ടിമകളുണ്ടായിരുന്നു അടിമ അടിമ സ്ത്രീകളുണ്ടായിരുന്നു അയാറുണ്ടായിരുന്നു അക്കാറുണ്ടായിരുന്നു തോട്ടങ്ങള് അതിലുണ്ട് അയ്യാഴെല്ലാമുണ്ട് പലമ്മ ഹാജറു അവർ ഹിജിറ പോയപ്പോൾ ഇരണ്ണാരി അമ്മാണിനെ തുള്ളിയും ബത്തൂരിനെ തുള്ളിയും ഹിജിറ പോയപ്പോൾ അതിനെ തൊട്ടെല്ലാം അവർ പുറത്തായി വതറഫു ബില്ലാഹി ആദു മുദവനം അല്ലാഹു തആലതി വബ ഉബദിച്ചീരിയ സംതതലൂ ഇൽ മദീനതിൽ നിമറംബറ ഹബിയല്ലാ മദീനതു സനതിക്ലേകവർ യാത്ര പോയി ലൈസ്തമഹും സയ്നബൽ ഖുദും ഉണ്ടയിരുന്നില്ല വബനാനകും അലൈഹിസ്സലാത്തു വസ്സലാം സുഫതൻ ഫി തറഫിൽ മസ്ജിദ് പള്ളിയുടെ ഒരു തറഫിൽ ഒരു സുഫ അവർ താമസിക്കാൻ വേണ്ടി ധനുണ്ടാക്കി കൊടുത്തു രാത്രി നമസ്കാരം അഭി ലാ പകല് നോമ്പ് റസൂരില്ല ഈ തൊണ്ണൂറ് മതങ്ങളോടൊപ്പം ഈ അക്ബരു ജൈഷ് ജയ്സിന്റെ മുമ്പിൽ തന്നെ അങ്ങനെ ജിഹാദിൽ വെച്ച് അതിൽ അധികം ആളുകളും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അതിൽ നിന്ന് ചിലരെ ബാക്കിയായിട്ടുണ്ട് അറിയു ശേഷം അവർക്ക് അവർക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ പമിനും അത് സ്വീകരിക്കാത്ത പലരുണ്ട് നമ്മത്തിന്റെ തിരികെ കണ്ടിട്ടില്ല പ്രത്യേകിച്ചിരുന്നു ചിലന്ത അങ്ങ് പുറത്താട വെച്ചിട്ട് പോകുമ്പോൾ ആരെങ്കിലും ബാധ്യ ആരെങ്കിലും കൊണ്ടുപോയി തോന്നും വലം ഞാൻ ഇല്ല ചെയ്യാൻ ഒന്നും സ്വീകരിച്ചിട്ടില്ല അഭിപ്രായങ്ങളെപ്പോലെ മഹാവിപതി ജമ്മൽ പോലെ ഒരുപാടുണ്ട് ും അവരിൽപ്പെട്ട ചെല മൺ ബില്ലായിട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമ്ലാഹ് തരുന്നതാണിത് മാറാറും തരുന്നതല്ല എന്നിട്ടോ പക്കാ അമ്ലാക്ക് വേണ്ടി അവര് കൊടുക്കുകയും ചെയ്യും അപ്പൊ മാങ്ങലം കൊടുക്കലൊരു വാസത്തെ മാത്രം ഇല്ല ഇപ്പൊ അതാ പക്കാനിൽ ഇവർ ആനന്ദാണ് കൽ റമേഷ് അമീനെ പോലെ കൊടുക്കൽ മാത്രം ൂ മൗലാന്റെ വക്കൽ നിന്ന് അജിലിനെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിൽ എപ്പോഴാണ് ജോലി നിർത്തിക്കുക പറയാൻ കഴിയില്ല ഈ നിർവഹണം ശരിക്കും നടത്തിയിട്ടില്ലെങ്കിൽ